പറഞ്ഞത് ഇപ്പൊ ഇന്നലെ പറഞ്ഞിന് മുന്നേ ഇതിലേ ഇതിനെപ്പറ്റി എനിക്ക് പറയുന്നിരിക്കുന്നില്ല യോജിച്ചു ബോധ്യോട് ഓടിക്കില്ല എനിക്ക് കുറെ സാധാത്യങ്ങളുണ്ട് അവരുടെ ബഹുമതിയിൽപ്പെട്ടതാണ് എന്ത് അ കഥാമും അവരുടെ കഥമുകളെല്ലാം പൗകല്യമായി നമ്മളെ തല്ലമുള്ളത് വേറെ കഥമെല്ലാം നമ്മളെ തല്ലമുള്ളാണ് ഇല്ലമ്മ കുഞ്ഞും ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ലെങ്കിലും വേറെ കാല് വായിച്ചിടുന്ന ആളായില്ലേ നമ്മളല്ല നിങ്ങളെ ചിന്തിക്കുക നിങ്ങൾ ചിരിക്ക നടക്കാന്ന് എനിക്ക് മാറ്റം ഒത്തിന്റെ ശേഷം അത് സാധ്യത ഞാൻ കണ്ടുവച്ചിട്ടുള്ള ഓർമ്മ എന്നോട് പറഞ്ഞത് പറ്റി ആറാംനെ പറ്റി ഓറാപ്പിനെ പറ്റി ഏത് വലിയ അഹമ്മദ് രണ്ടാമതിന് അടുക്കാണ് അമ്മത് ഉള്ളത് അവരാണെ ശരിക്കും എന്നത് അവർ പറഞ്ഞിട്ടുണ്ട് അന്ന സൗജത്തോ ഓരോ സൗജത്ത് അഭിബ്രഹ്മമാണ് ബ്രഹ്മേ കാലു ആരേരി മൂത്തരക്കിലേക്ക് തോന്നുക ആരെ ഭർത്താവിനടക്കിലേക്ക് വാർപ്പാൻ എടുക്കിട്ട് കുറെ വെഴുതി മുഴുക്കൂതട്ടൻ അപ്പിച്ച കുറെ മെഴുതിട്ട് വിളക്കും അപ്പൊ ഫീ അവക്കാത്തല്ല അത് ഇരുട്ടുള്ള സമയത്ത് അലിക്കാതെന്താ കാണുന്ന മൊഴിച്ചോദാര്യ ചോദിക്കും ചോദിക്കുമ്പോഴു ഓറ് പറയുന്ന അന്ന അൻവാറു സ്വദാത്തി അല്ല മിഞ്ഞ് തൊള്ളുന്ന താളത്തിന്റെ കലാത്തിന്റെ അൻവാറുകളാണെന്ന് പറയും മാത്രമല്ല വാഹ്മണമായ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട് അന്നവും കാലും സീതേക്ക് ആയിശി വളരെ ഇടിഞ്ഞ ജീവിതമായിരുന്നു അത് അഷ്ടപ്പെട്ട ജീവിതം തൂങ്ങത്തു തീരെ താൻ ഒരു കടീ ബൈദ്യു ഒരു പാത്രത്തിന് കുറഞ്ഞ ഭക്ഷണാടകൾക്ക് മുമ്പിൽ കേട്ടോ <cin measurements> Quraish. Quraish, <comit> <verdade> <stellung of Kramatavata> ും വർഷത്തിന് നേരെ അപ്പൊ താരങ്ങളുടെ വറക്കത്താക്കും ആദ്യം ധാരാളം ജനങ്ങളെ കൊണ്ട് തരുന്നോട് കഴിച്ചോളും ഗ്രാമത്തിൽ പ്രയാമ്പോർത്തോക്കറു ദീർഘ സൂറത്ത ഞാനെന്താക്കാ സൂറത്ത് ഓടാൻ തുടങ്ങി അവർ കുടുംബത്തിൽ എന്ത് ചെയ്തല്ലേ അങ്ങനെ അല്ല അബുമാൽ മാബലും ഒക്കെ പൂട്ടപ്പെട്ട വാതകമെല്ലാം തുറന്നിട്ട് താക്കോലില്ലാണ്ട് വാതകം തുറക്കും അങ്ങനെ എന്നെ പറ്റി പ്രസിദ്ധമാകാൻ തുടങ്ങിയ ആരാത്ത ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അന്യ അസ്തമില്ല അപുവാദിഷ്ടാക്കോലില്ലാണ്ട് ബാതി തുറക്കുന്ന ആളുകളുടെ പേരിൽ എനിക്കറിയപ്പെട്ടു താക്കോലും എന്ന് പറഞ്ഞാൽ കുറേ ഓ അത് നമുക്ക് പോരാ നമുക്കൊന്നും നമ്മളെ കൈമ്പരയ്ക്ക് ഇത്താൻ തീപാർത്ത് പൊളിക്കുന്ന കാക്കോലൊന്നും ഇല്ല എല്ലാ എഴുപതിന്റെ കൽക്കാലിക്ക് തുറക്കണം അസ്മദിവാദിയും സഹായിക്കും അതല്ലേ ശേഷം പാരമ്പര്യത്തിൽ إياك نعود وإياك نستعين يهدر الثلاثة المستقيم احتراء الذين نعبع كاعدين غير المعروض عليهم ولا الضوالين آمين بسم الله الرحمن الرحيم بينا في المعيشة بينا فيه بحنة الشتاء والصعيم ിക്കുന്നില്ല പെട്ടെന്ന് പറഞ്ഞാ തൊട്ടമുട്ടുന്നു അത്തുഫയാനാക്കുമ്പോഴും അത്തുപ്പസപ്പാക്കുമ്പോഴും വേറാ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്താ കാരണം അത്തുഫയാനാക്കലാണല്ലോട്ടാക്കിയത് അതിന് കാരണം പറഞ്ഞെന്താണ് ഈ അന്നിട്ടിൽ എന്നാണ് കാരണം താനൂലാണ് ഒരു മാണിഫയായ ഇസ്മൻ അതിന്റെ മുമ്പായിട്ട് അതിന്റെ സിഫത്ത് ഒന്തി വന്നു സാധാരണ സിബത്ത് പിന്തിട്ടാണ് താമ്യത്തിന്റെ വരേണ്ടത് സിഫത്ത് മുൻപീറ്റ് വന്നു എന്നാല് ഇതാണ് ഒരു മാരിഫന്റെ സിഫത്ത് അഹമ്മദാണ് മാരിഫ അതിന്റെ സിഫത്താ റാദി അഹമ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മുൻപീറ്റായിക്കൊണ്ടത് അങ്ങനെ വന്ന ഈ ആ സഖത്ത് മാറിയ മാലിഫയേക്കാൾ നേട്ടം മുന്തിയറി യൂറോപ്പ് ഏതാ വേൾഡ് കപ്പ് വേണം യസ്ബിൾ അവാമിൻ ആ എന്റെ അത്മത്തിനനുസരിച്ചത് ഈ സിഫത്തിൽ ഏതാണോ ആമിൽ അതനുസരിച്ചിട്ടുണ്ടാകും ആമിനനുസരിച്ചിട്ട് മാറും ഇവിടെ മുമ്പുള്ള റാജിയാണ് അപ്പോ ഇതുകൊണ്ട് ഓരിവ റാജിന് റാജിനെ ഏറാപുറക്കപ്പെട്ട് എങ്ങനെ ആ റാജിയുടെ സാധനം പാഴി യക്കൂലും യക്കൂലന്റെ പാഴിലാന്ന് അത് നിന്നു ഏതിൽ നിന്ന് റാജിയിൽ നിന്ന് ബദല എപ്പോഴും ആരാ സാധനം എപ്പോലും അല്ല പായിലാണ് റാജി അപ്പൊ അവിടെ റാജി റാജി ആമിൽ ചെയ്യുന്ന ഇപ്പോൾ ഇപ്പോഴത്തെ വന്നത് അഹമ്മദ് ജോലി വന്നത് അപ്പൊ യക്കൂലും അല്ലെ ആമിൽ എന്താണ് അതുപോലെ കൂടി ആമിൽ ചെയ്തോടണം അപ്പൊ മാലിഷ്യയായ അഹമ്മദിനെന്താക്കണം എറുക്കപ്പെടണം മീണ്ടു ഏതിൽ നിന്ന് റാജയിൽ നിന്ന് യക്കൂലോടെ വായന റാജിയിൽ നിന്ന് ബദലായിട്ടോ അത്തുപ്പം ബയാനായിട്ടോ എന്നാക്കണമെന്ന നിയമം അതുകൊണ്ട് മൂപ്പറെന്താക്കി അത്തുപ്പം ഭയാനാ തെരഞ്ഞെടുത്തത് ബദലാക്കിയില്ല ആ വ ഹിക്കുമക്കതി അത് പറവല്ലയോ അബുബർന്താ അഭിമുഖയാനാക്കാനും എന്തുകൊണ്ട് ബദലാക്കിയില്ല ബദലാമ പണ്ടേത്തൊരു കാരണം പറയുന്നുണ്ട് ഇതെന്ന് ഏഹ്റാബിലെന്തായി മാറും ആ രൂക്കിൻ രണ്ടാമതയിലേക്ക് മക്സൂദായി മാറും പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്മ സൈദനാ മുഹമ്മദിന്റെ ആടെ കാരണം പറഞ്ഞിട്ടുണ്ട് പഠിച്ച മറക്കാനല്ല പഠിച്ചുറക്കാനാ നമ്മെന്താക്കുന്നത് പഠിക്കുന്നു സയ്ദന മുഹമ്മദിന്റെ ആടെയാവ് മുഹമ്മദ് ബദലാക്കിയ എന്താ പേര് സയ്യിനാ ഞറാബ് മുഹമ്മദ് ബദലാമ സൈദന മക്സൂദ് അല്ലാന്ന് വന്നേക്കും ആ പ്രശ്നം വരും കാരണം അഹമ്മദ് എന്നോ റാജിയല്ലാന്ന് വന്നേക്കും ആ റജാന്റെ സീമർദ്ധന്റെ വാക്യു വേണം അതാണ് അപ്പുറം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ബദലാമ രണ്ടാമത്തെ മക്സൂദ് ഒന്നാമത്തെ ബൈര് മക്സൂദായി മാറിക്കളിയും ഇവിടെ എന്നാ പിന്നെ ആദ്യം തന്നെ അഹമ്മദ് പറയുന്നു അവർ റഹ്മദിനെ ആഗ്രഹിക്കുന്നവരാണെന്ന് വലിയ പറഞ്ഞ പോലെ സിഫത്ത് എന്തിനാദ്യം മുന്തിച്ചു എന്നതിന് പിന്നൊരു ചോദ്യം അതിന് ഹിക്കുമത്ത് വേണം അതിനെ മനുത്താകുന്ന അഹമ്മദിനാക്കാണോ മുന്തിച്ചു ഹിക്കുമത്ത് ഉണ്ട് പണ്ട് സയ്ദന മുഹമ്മദ് എന്ന് പറഞ്ഞ ഹിക്കുമത്ത് റഹമ്മദ് എന്നതിനെക്കാളും സൈദനെ മുന്തിച്ചതിന്റെ ഭാഗം കണ്ടു പറഞ്ഞിട്ടുണ്ട് ആ അതുപോലെ തന്നെ ഒടിയും പറയുന്നു എന്നാ അവിടന്നു സൈദന എന്നത് തങ്ങളെ പ്രത്യേകം ഒരു വസ്വാകുന്നു എന്ന് തെളിയിക്കാൻ പഠിക്കാൻ അതെന്റെ അല്ല അള്ളാന്റെ റഹ്മത്തിന് റജാൽ പ്രത്യേകം ഒരു മുന്തിയ ഒരു ഹാലാബ് അവരൊക്കെ മാറുന്ന കാര്യത്തിലല്ല എല്ലാ കാലും റജാവോടുകൂടി പണിയെടുക്കണം എന്ന് കാണിക്കാൻ വേണ്ടി അള്ളാഹാൻ റഹ്മത്തിന്റെ റജായ പ്രത്യേക വസ്തു ആണെന്ന് കാണിക്കാൻ വേണ്ടി അതിനാദ്യം മുൻഗണന കൊടുത്തു അതിനെ അള്ളാഹ് റഹ്മെ അങ്ങനെ അദ്ദേഹം നമ്മളെ പണിമായി നമ്മളെ പണിനാണല്ലോ മുൻഗണന അതല്ലേ അതാ ഫിൻ ഹദീസിലുണ്ട കഴിവ് എന്നാണ് ഹദീസിലുള്ളത് നിന്റെ ആഭയത്ത് എനിക്ക് വളരെ വിശാലമാണ് അതെല്ലാം നമ്മളെ തെളിവുള്ളത് അമലി എന്നെ കൊണ്ട് ചേർക്കപ്പെടുന്ന അമലിനേക്കാൾ എനിക്ക് റജാ എഴുത ഉള്ളത് റഹ്മാണ് എന്ന് കണ്ടു അപ്പൊ ശേഷം പറയാൻ പോകുന്ന കിതാബ് എന്റെ അമല അയ്യ അമലിനാ കാണ അറഹമത്തിലാണ് റജാവ് വെച്ചുകൊണ്ടാണ് പണിയെടുക്കുന്നത് എന്ന് കാണിക്കണം അതിനുവേണ്ടി ഞാൻ പ്രതികര പണി ശേഷം ഏത് മൊക്കാമിൽ എത്തിപ്പോയി ി പറഞ്ഞ് മുസന്നിഫീങ്ങൾ ഈ മൂപ്പറ പേരന്തിനാ പറഞ്ഞാന്ന് പേര് പറഞ്ഞാൽ ആളെ തിരിച്ചന്നെ ആളെ തിരിഞ്ഞാൽ ഇന്നാളെ കിതാബാന്ന് കഴിഞ്ഞാൽ നമ്മക്ക് ഷോക്ക് വരുമല്ലോ അവർ അതിന് അഡ്രസ് ഇല്ലല്ല അത് ശീലി മാറും ആ കിതാബിന് ആളാരി അത് മൂപ്പറന്നെ അവരായിട്ട് പിന്നെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറൊരു കെട്ടിച്ചമ്മച്ച് പലതും ഉണ്ടാക്കി തീർക്കാല പദ്ധതി തന്നെ പേരം കൊടുത്താല് ആര്ക്ക് കെട്ടിച്ചമ്മച്ചൊന്നും മാറ്റി തിരിച്ചാൽ അഹമ്മദടുത്ത് അതെന്തിനാ ആടത്തെ ഭൂരിപക്ഷം പതിവ് അനുസരിച്ചാണത് ചിലരാള് പേര് പറഞ്ഞില്ല ആന്റെ കിതാബിന് മുസ്ലിഫിന്റെ പേര് പറഞ്ഞില്ലല്ല അഹമ്മദാനി വസ്ലാത്തു വസ്സലാം അലാ സൈദനും റിയില്ല അവരുടെ കിതാബിന്റെ തുടക്കത്തിൽ അവരവരുടെ പേര് ഓർ തന്നെ പറയും എന്തിനാ പറയുന്നത് ആ കിതാബിന്റെ വിഷയത്തിൽ തേടുന്ന ഒരാൾക്ക് ആഗ്രഹം പരപടി വെക്കാൻ വേണ്ടിട്ടാണ് ഓ ഇന്നാളാ കിതാബാ അത് നമ്മക്ക് ഓതേണ്ടതാണ് വേറൊന്നുകൊണ്ട് വേറൊരാളെങ്കും ചെടികിടാക്കാൻ കഴിഞ്ഞൂരാ അഡ്രസ്സില്ലാത്ത കിതാബിന്റെ തലക്ക് അങ്ങ് മാറ്റി ചെയ്ത് ആ കിതാബ് ഒര് നീ മാറുള്ള അച്ചടിക്കുന്ന കിതാബായില്ലേ ഞങ്ങൾക്ക് പിന്നെ പറയാലോ ഇത്താബിണ്ട് തട്ടിപ്പാക്കുന്ന ഒരു വകുപ്പ് ഉണ്ടാടെ അതുകൊണ്ടാണ് പൂരാ സാഹിബുഹു സാഹിബ് മജുഹു ഫൈലാണ് കിതാബൽ മജുഹൂൽ മജുഹൂ കിതാബ് കയറും അതിന് നമുക്ക് റഗ്വത്വക്കം കഴിയൂല നമുക്ക് ഈ ആളെ ബലം കെട്ടിട്ട് കൊണ്ട കിതാബങ്ങളാണ് മാത്രമല്ല വല മോസും അതെന്തല്ല ഒരു വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്ന സാധനം അതുകൊണ്ടാണ് നമുക്കൊരു പേര് വരാനുള്ള കാരണം ശരി അൽഹില്ല അതാ ബൈറ്റ് അല്ലാഹി അല്ല സർവസ്വതിയും അള്ളാഹുബാനും വത്താനാക്കി മാത്രമാണ് ആരാണ് അള്ളാഹു അരിയാണ് വാഹിദാണ് ആലിമാണ് ഭരതാണ് റയ്യാണ് മാതിദാണ് ആ റസ്മാസിനെ കൊണ്ടാണെന്ന് പറഞ്ഞത് ആ രണ്ടീ കാരണങ്ങള് പറഞ്ഞു അള്ളാഹു അലിജ് കൊണ്ട് പറഞ്ഞു കൊണ്ട് പറഞ്ഞു ആലിമു പറഞ്ഞു പറഞ്ഞു റനീജ് പറഞ്ഞു മാജിദ് പറഞ്ഞു ഒന്നാമത്തെ എന്താണ് നമുക്ക് ശേഷം പറയാൻ പോസ്ലിം ഭാഗത്ത് കംപ്ലീറ്റ് ഈ അസ്മൽ വിളിക്കപ്പെടുന്ന കംപ്ലീറ്റ് അള്ളാഹുനെ പറ്റിയുള്ള മാലിഫത്തിനടങ്ങുന്ന അക്കായി ആ അക്കായി മാനദണ്ഡം ഈ അസ്മൽസിനുണ്ടാകും എല്ലാതി വന്നില്ലേ അലിയെന്ന് പറയും എല്ലാ തന്ധിയും വന്നില്ലേ വായിൽ നിരവധി പൂർണ്ണമായ വൈതാനിയത് വന്നില്ലേ ഇൽമെന്നില്ലേ വനി എന്ന് പറയുമ്പോ മറ്റൊന്നിലേക്ക് ഹെത്തിയാസില്ലാന്ന് വന്നില്ലേ ആ പൊറു അങ്ങനെ അക്കായി തന്റെ മിക്കവാറും തന്ത്യാത്തും സിപാത്തകളൊക്കെ ഉണ്ടാക്കും ഇന്ന് പിടിക്കപ്പെടീ അപ്പൊ വിഷയത്തിന്റെ ജുമാലി കമ്പ്ലീറ്റ് വന്നു അൽഹം വരില്ല ചെറുത് എന്നതും വമാ ബാധു എന്നി മരിക്കുന്നതിനിടയ്ക്ക് ഇത് ഓടാൻ കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ ശ്രദ്ധിച്ചു ഇനിയും ശ്രദ്ധിക്കാൻ അവസരം ഉണ്ടെന്ന് വിചാരിക്കണ്ട അതാ നമുക്കുള്ള വ്യാമോഹം മറ്റൊരവസരത്തിൽ ശ്രദ്ധിക്കാം മറ്റൊരവസ്ഥ ശ്രദ്ധിക്കുക ഈ മറ്റൊരവസരം ഇല്ല ഇതന്നെ അവസരം മറ്റൊരവസരം അല്ലേ ആ ഒരു പണിയുണ്ടല്ലോ വേറെ അൽഹ ഹൽഹുല്ലാഹി എന്ന ജുംലയും ഈ ഹൈക്കടാ ഈ വമാബാഗുൽ ഇത് കിതാബിന്റെ അവസാനം വരെ മാസം ശ്രദ്ധിച്ചു വരാൻ പോകുന്ന തേടി ആത് യക്കൂലു പറഞ്ഞ കൗലുണ്ടല്ലോ അതിന്റെ മക്കൂലാന്ന് എന്നുവെച്ചാൽ അലഹദില്ലാ ഈ മുതൽ കംപ്ലീറ്റ് ചെയ്തോളോ യക്കൂലൂന്റെ മക്കൂലാന്ന് അതാ മുസ്ലിം ഇപ്പോ പറയാൻ കൂടുന്നത് അത് മുഴുവനും ഈ മഹലിനെസിൻ നസമിന്റെ മഹലിലാണ് ചിത്താന്റെ അവസാനം വരും എന്തുകൊണ്ട് മക്കൂലിന്റെ മക്കൂലല്ലേ മപ്പൂലാമേറാബന്ധ വേണ്ടി നസുബ് നസബിന്റെ മഹനിലായി പറ്റിയുടെ നസ്ബു കാണൂല മഹനിലാകുമ്പോൾ നസബു കാണൂല അവിടെ മുപ്പറായ വിസ്മു ചോക്ക നസ്ബു ആണ് എന്നാ പറഞ്ഞു പിന്നെ അൽ പറ്റിയാ പറയുന്നു പിന്നെ ഹംസിനെ പറ്റി പറയും ലില്ലാന്റെ ലീനെ പറ്റി പറയും പിന്നെ അള്ളാനെ പറ്റി പറയും അലീനെ പറ്റി പറഞ്ഞു അങ്ങനെ പറയൂന്നു എന്താ സലഹ കഴിക്കാം അൽഹുല്ലാഹി ലൈഹദ് തല തുടങ്ങിയപ്പോൾ ആദ്യം ബിസ്മി കൊണ്ട് തല തുടങ്ങി ആ ബിസ്മിനെ വൈകിയില്ല എന്നും ആ അതിന്റെ മുമ്പ് ഒരിക്കലും പറയാതാകും കൊണ്ട് പറഞ്ഞു നോക്കുക എഷ്ടിതാഹുന്നുണ്ട് ഇമാഫിന്ന് വിഷയത്തിനാ കടക്കുന്നതിന് മുമ്പായിട്ട് എപ്പോജിനൽ ഇഷ്ടിതാഹുണ്ടാവും ഒരു വിഷയം തുടങ്ങി ആദ്യത്തി പറഞ്ഞ ഇമാഫി എന്ന് പറഞ്ഞാലോ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പായിട്ട് എടുക്കുന്ന ഇടയിൽ പോയി കുറച്ച് നോക്കരുത് എന്നാലും പറയാലിട്ടന്നെയൊന്നും പക്ഷെ അനുഷ്ഠിയല്ല മൂപ്പർ തുടങ്ങി അൽഹന്തലിന്റെ ആഴികൊണ്ട് തുടങ്ങി അതി ും വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പായിട്ട് മുമ്പ് പറയുന്ന എല്ലാം ഏതായിരിക്കും ഇഫ്താഹി ഇതാഫിയാണ് അപ്പൊ ഇലാഫിയും ഹറ്റിബം എന്താന്ന് എല്ലാ ഇതാഫിയാണെന്ന് പറയാ മക്സൂദ് ബില്ലാത്തിന് മുമ്പാന്നല്ലോ പക്ഷെ ഇഷ്ടിത്തായ ഇലാഫി ആയിക്കൊള്ളുന്നില്ല അസേഖി ആയിക്കൊള്ളുന്നില്ല നിർത്തണമെന്ന് ചോദി ഒസോസ് മുത്തലേഖ എല്ലാ ഇസ്തായി ഹസീഫി ഇലാഫിയാകാം ഇലാഫിയാകാനേ വേണ്ട ബിദ്ദാത്ത് മക്സൂദിന് മുമ്പ് പറയാൻ മതിയല്ലോ ഇലാഫി എന്തായിക്കൊള്ളുന്നില്ല അസേഖ ആയിക്കൊള്ളുന്നില്ല ബിസ്വിക്ക് ശേഷം വരാനെന്തിനാണ് ഇപ്പൊ തുടങ്ങിയത് അതിനത്ത് അന്റെ മൊഹദനുല്ലി അജലീഹ പറയുന്നു ഒരുമിച്ച് കൂട്ടാൻ പഠിപ്പാ ഉം ഹബീസത്തി വിസ്മിയെ പറ്റി പറഞ്ഞ ഹദീസും അൽഹദില്ലാഹിനെ പറ്റി പറഞ്ഞ ഹദീസും രണ്ടും കൂടി ചെന്നാക്കിയത് രണ്ടും ഹദീസും അറിവാണ് രണ്ടും അതീതിലുണ്ട് അഞ്ചുകൊടങ്ങണമെന്ന് അതീസിലുണ്ട് വിസ്മയുണ്ട് തുടങ്ങണം അതീസിലുണ്ട് രണ്ടുമുണ്ട് തണീക്കളിയാം എന്നാ പിന്ന ഹിനാദ്യം ഭി വയ്യൂടെ അന്നേരം ഖുർഹാനെ ചെലി കൊക്കൂല ഖുർആാനിലെ ബിസ്മി പറഞ്ഞിട്ട് അലഹമദില്ലായിരുന്നു അതുകൊണ്ട് അഗ്നിക്ക് ആരാക്കി ബിസ്മിക്ക് കൊടുത്ത് ഇലാഫി ഹന്തിന് കൊടുത്ത് നമുക്ക് പിന്ന അതെന്ത് കുഞ്ഞിനെ മറുപടിയാ നിങ്ങൾ രണ്ടിനും ഹരിച്ചല്ലേ എന്നാൽ അലഹമില്ലാണ്ട് വിസ്മി എനിക്കൂടായിരുന്നോ അതെ بسم الله تاء نام شممتي اره لقد الحقيقه حقيقه ياذو افيشن دي والحمدلتي ياك دوار لابي ياك دي لموافقه القران اللذيذ قران لذيذ رقمنين ايه وقال ان الود بسم الله الرحمن الرحيم جايتان الحمد لله هذ اورطلا ثنا ولي قومت حديث البسمله على حديث الحمدلتي ما ترد نيان മിസ്മിയെ പറ്റി പറഞ്ഞ ഹദീസും ഹന്ദിനെ പറ്റി പറഞ്ഞ ഹദീസും നോക്കിയാൽ ഇതിനെ ശക്തി കൂടുതല് ബിസ്മിന്റെ ഹദീസിനാണ് അതുകൊണ്ട് അന്നരക്കും അതിനെ മുച്ചു ഹദീസിന്റെ ബലവും കുഹാനശ്ശേരിക്ക് ഒക്കരു എന്താണത് എന്നുള്ള ഹദീഫുണ്ടല്ലോ അതിനാട്ടാണ് ശക്തി കൂടിയ ഹദീസാണ് ഏത് ഭസ്മലത്തിന്റെ ഹദീസ് അപ്പൊ ഇത്തരം ന്യായങ്ങളാണ് ഉപ്പറ പറഞ്ഞത് ഇനി ഇനിയും വേറെയും കുറെ ന്യായങ്ങൾ നമുക്ക് വേണേ പറയാ എന്തിനീ മഷുഹൂറത്തായ ന്യായങ്ങളുണ്ട് ഈ താറ് തീർക്കാൻ അതായത് രണ്ടു കൊണ്ടും തുടങ്ങണം എന്ന് പറയുമ്പോൾ ഏതാദ്യം തുടങ്ങണോ എന്ന് പ്രശ്നം ആ താറ് തീർക്കാൻ വേണ്ടി വേണമെന്നല്ലോ ന്യായം പറയാം ഇപ്പറഞ്ഞ് തന്നെ വളരെ ബരാബറാണ് രണ്ടിനും അതീതിണ്ട് ഖുറാന ശരി കൊക്കണമെങ്കിൽ വിസ്മു പറഞ്ഞിട്ട് അനന്ത അറിയാൻ വേണ്ടി ാക്കിന്റെ ഹരീഫിനാണ് പവറ് കൂടുതൽ അല്ല ഞായല്ല വെറുതെ പറഞ്ഞെടുക്കുന്നു അതുകൊണ്ട് അതിന് പോലും ഇവിടെ മുട്ടുന്നില്ല അതെടുത്തു ഇനി അൽഹും അല്ല അൽഹ അത്യോ ഇഷ്യോ അത് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഖബരി എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിനെ കുറിച്ച് വാർത്ത വേറെ ആ അറിയിച്ചുകൊടുക്കാനുള്ള മാധ്യമമായിരിക്കും ഖബരിയാകുമ്പോ ഇന്നൊരു കാര്യം നടന്നിട്ടുണ്ടേന്ന് കേട്ടോ നിങ്ങൾ പറഞ്ഞ ഈ മാധ്യമം ഉണ്ടല്ലോ വാർത്താ മാധ്യമം ഈ വാർത്താ മാധ്യമത്തിൽ പറഞ്ഞ മതമോനി നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടോ എന്ന വാ ആ മാധ്യമം സാധിക്കായി പറഞ്ഞ പോലെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞ കതി പറയും അപ്പൊ ഒന്നിക്ക് സാധിക്കാകാം അല്ലെങ്കിൽ കതിപ്പാകാം ആ കലാമിന്റെ ധാത്തിലേക്ക് മാത്രം നോക്കി മന്ദിക്കിൽ ഓതിപ്പോയിട്ടുണ്ട് അതിനാവർത്തിക്കാൻ പാടില്ല ഒരുത്തോളം കാര്യമല്ലേ ഉപയോഗിച്ചു ഇൻഷാഗ എന്ന അവസരത്തിൽ എന്താണേ ഒരു ഹിക്കാത്തിനെ പറ്റി പറയാനല്ല ഇതിനാൽ ഉണ്ടാക്കി തീർക്കുന്നു എന്നാണ് ബിയർ ടു ഞാനിത് വിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യമില്ല ഇതിനാൽ ഹിയർ ഇതിനാൽ ഇത് ആ വിൽപ്പന നടത്തുന്നു ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു അറിയിപ്പ് മറ്റൊന്നും മുമ്പ് ഇല്ല ഇതിനുശേഷം വലു അതാ ഇൻഷാഗ് അറിയിപ്പ് ഇതിനാൽ ഉണ്ടാക്കി തീർക്കുക അല്ലാ ഏതാന്ന് അല്ലെങ്കിൽ ആവില്ലല്ല എന്ന അവസരത്തിൽ എന്താന്ന് അല്ല എല്ലാ അള്ളാഹ് അണ്ടുണ്ടേട്ടാ എന്നിട്ട് പഠിപ്പിച്ചേ ഇവിടെ താലീമിന്റെ വെക്കാമല്ല വക്കാമാ രണ്ടു വാക്കത്തിന് കുഴപ്പമില്ലാന്ന് ഇപ്പുറം പറയും നോക്ക ുംബരിയാക്ക ഒന്നിക്കില്ല അന്നലെന്തായ അള്ളാ വിവരം പഠിപ്പിച്ചെ അള്ളാഹ്ന്നൊക്കെ പറയും പോലെ അല്ലാ ഹാക്ക് കേട്ടോ എന്ന് പുതിയൊരു വാർത്ത അറിയിക്കല് ലഫുലമ്മന ആ വാർത്ത അറിയിക്കലേ ഒരു താലീമാണ് താലീമിന് കൂലിയും കിട്ടും അതെങ്ങനെങ്കിൽ കോലുണ്ട് ഹന്ത് ഹണ്ടായിട്ട് ധിക്കറായി തന്നെ പറയണ്ട ഹന്ത് ചെയ്യുന്നുണ്ട് അറിയിച്ചാ തന്നെന്തായി അതൊരു ഹണ്ടാണ് എന്ന് പറഞ്ഞവരുണ്ട് ആ പോലെ പറയാക്കിയപ്പോ അതിന്റെ ഭൂരി കിട്ടിയില്ല ആ ബിനോ സഹിഹുമാണ് അത്ര മോശമുള്ള പോലല്ല ഹന്ത നിഹമാന ചെയ്താൽ അതൊരു ഹന്താണ് ആ ഹബരിയത്തും അല്ലെങ്കിൽ മറ്റൊരു ഹത്തിമാര് ലുദിൽ ആണ് ഈ സാഹിയത്തും മായന മായനയിൽ ഈ ശാഹ്യുമാക്കാം ലഫുദ് നോക്കിയാ എന്താ ഈ ഹബരി മായനയിലോ എന്ന് പറഞ്ഞ പോലെ അന്നൊരു ഇഷ്കാരുണ്ട് ഹാന്നെ നിങ്ങൾ ഈശാവ് ചെയ്യലേന്ന് അല്ലെ ഇൻഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങളെ വകമായിട്ടുണ്ടാക്കണന്ന് അവനാണ് നിങ്ങൾ ഇൻഷാവ് ചെയ്തത് അപ്പൊ ഇൻഷ എന്നത് മനുഷ്യന്മാർക്ക് ഉഷല്ല ആദ്യം തന്നെ പണ്ടേ തോസൂരിലേക്ക് പോകാൻ ഒരു വസ്തു പറഞ്ഞാൽ ഒന്നി കദീമിന്റേതാക അല്ലെങ്കിൽ ഹാബിസിന്റേതാകാം രണ്ടിനും കൂടി പറയാൻ പറ്റുന്നതാകാം ഈശാ എന്നാൽ അള്ളാക്ക് മാത്രം പറയാൻ പറ്റുന്ന വസ്തു തോന്നും പിന്നെങ്ങനെ അവധുകൾക്ക് ഉപയോഗിക്കലി അള്ളല്ല പറഞ്ഞു കണക്കൊക്കെ എന്ന് പറഞ്ഞാൽ അൻഷാക്കും ഇല്ലായ്മ എന്ന് തുടങ്ങണ്ടേ നീക്കുന്ന കൈപുട്ടിന് ഈശ ഇനിഷ്കിരാ പരിഷ്കാരാക്കപ്പെട്ടില ഈ അവനു കഴിയൂലല്ലോ അതുകൊണ്ടാണ് കലീമിന്റെ അസഭാവമുണ്ട് ഇതുപോലെ അബിദിന്റെ കളത്ത് കഴിഞ്ഞിട്ടല്ലോ എന്ന് പറഞ്ഞ മാതിരി അയാ ഞാൻ പണ്ട് പറഞ്ഞ ഉസൂദിലേക്ക് മടങ്ങണമെന്ന് ഏത് ഒരു വസ്തു പ്രയോഗിച്ചാൽ അത് ആദിത് അസിൽ പ്രകാരം ആദിഫിന്റെ അല്ലെങ്കിൽ കദീമിന്റെ രണ്ടിനും കൂടി മുസ്തറക്കാന്റെ രീതിയുമാവാം ഇൻഷാന്നുള്ളത് കദീമിന്റെ വസ്തു ഖുറാൻ പറഞ്ഞു ഖുറാൻ തരും ഇൻഷാഖിൽ ان شاءكم وعلل لكم ان كنفس الله نعام نفس السمطه ولا بصاره الافقا ابو انشاء ان شاء الله شاءتني بريان بتو اسفل الله وان شاء ياقل اغليل وجه تنريا اختصاصه تعالى الله تعالى مختصا ان انشاء كان يدبل محامد محامد كوننا مختصا انه انشاء كان ايجولا عبد ذي جند ري الله അതായത് വെച്ചുകൊണ്ടാണ് മുമ്പ് എഫ് ടി നടത്താൻ പറ്റുന്നുഹക്കാക്കിന്റെ ലാമാണോ എന്നുള്ള നിരക്കാർ ഉണ്ടാക്കാൻ പോന്ന് ഇസ്തേഹാക്കും ഇഫ്റ്റിസാസും പഴയതും പറയാൻ പോകുന്നുണ്ട് ലി എന്ന് പ്രയോഗിച്ചാൽ എന്തിനാകാംകാം പിന്നെ എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ട് ണോ എന്നൊരു ഖിലാഫുണ്ട് ആ രണ്ട് പ്രകാരവും രണ്ടായാലും എന്തു ചെയ്യൂലിന് അതിന് കഴിഞ്ഞ് പറഞ്ഞില്ല ആ മഹാമരി അസ്നേഹക്കാക്കന്റെ മക്കീർ മഫയിലാക്കി പാളിലേക്കിട്ട് മസ്തം ഇല്ലാപ്പത്തെ മക്കൾ വെളിവാക്കണം മക്കൾ അമീറായത് കൊണ്ട് ഇയാ രണ്ടാം മക്കൽ എന്തായി ഇയാഹ മുപ്പതി അപ്പെന്തുകൊണ്ടാണ് ഈശാദീരാക്ക് അള്ളാഹുവിന്റെ ഹും അതിന്റെ സാധാരണ അറിയുന്നതല്ലോ അപ്പൊ ഈശാന്നുള്ളത് അർജുനു പറയാൻ പറ്റിയ ഒസ്മല്ല അതിന് മറുപടി ബംഗൾ മുറാതപിക്കവന് ഈശായത്തൻ എന്ന് പറയുന്ന അർത്ഥം എന്താണെന്ന് അറിഞ്ഞോനി അല്ലാഹിയിലടങ്ങി മതമോനുണ്ട് ആ മധമോന് കൊണ്ട് അള്ളഹാന എന്റെ നാവ് കൊണ്ട് സ്തുതിക്കല്ല ഞാൻ ഉണ്ടാക്കുന്നുവെന്നേ അർത്ഥമുള്ളൂ അപ്പൊ അരിച്ചിലേക്ക് വണങ്ങിയേക്കൊന്നു അള്ളാഹ് ഗതിയുമായ അന്തും ദാസും പണ്ടുണ്ടിപ്പ അത് ഞാൻ എന്താക്കുന്ന എന്റെ ആതിഹായ നാട് കൊണ്ട് ഈനെ മതുമോനെ ഉപയോഗിച്ചിട്ട് പറയുന്നു എന്നിട്ട് ആക്കുന്നു അള്ളാഹ് അന്തിന് ഇഷാക്കി കൊടുക്കല്ലെന്നും എല്ലാ ചെയ്യുന്നു മനസ്സിലായി എന്തല്ലാണ്ട് അന്നഹാലി ഈസായി മധു മോലി ഹാ മധു മോനെ ഹിഷാക്കുന്നു എന്നല്ല മതമോനെ ഉപയോഗിച്ച് തനാകെ തനാഗ് എന്നുള്ള എന്താന്ന് ഹാരിന്റെ ഓസ്മാണല്ലോ അത് പണ്ടും പണ്ടേ റിബൂട്ടായതാണ് സാധിക്കുന്ന കാര്യമല്ല അത് അടച്ചു തന്നു ഇത് പുതിയത് അൽഹന്ദ്ര മുബത്തും ഖബറുവാണോ മുബത്തദിയെ ഖബറാകുമ്പോൾ അഹമ്മദുല്ലാഹെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആകുമായിരുന്നു പറ്റുന്ന സ്ഥലത്ത് മുമ്പ് എന്താ ഇസ്മിയാജുണ്ടെ തെരഞ്ഞെടുത്തത് ആയി പറയണം എന്തൊരു ചരഹാന്ന് അപ്പൊ രണ്ടിനും മക്സൂദ് വിശ്വാസം ഉണ്ടാവും ഇസ്മിയാജമ്മ തെരഞ്ഞെടുത്താൽ എന്താകും അത് നടന്നു കഴിഞ്ഞു എന്നാണ് മുതാലിയും ഫീനിയ ജിംല തിരഞ്ഞെടുത്താൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു ജിംലയിൽ തന്നെ മാവിയൊണ്ട മുതാലുണ്ടെങ്കിൽ വിശ്വാസമുണ്ട് അർക്കു മഹാനി ചർച്ച ചെയ കാര്യങ്ങളാണ് ഇപ്പൊ താന്ത്രിക അവസരത്തിൽ ഉദംബി ചുക്കാന് ചിട്ട് ചെയ്യാവൂലല്ല എന്തുകൊണ്ട് താറ്റിക് ഇല്ലാത്തോണ്ട് സൗപര്ന്ന് മാവിയിൽ തന്നെ പറയണല്ലോ തരാക്കിന് അവട്ടെ മാറ്റാണ്ട് അഭിയുക്ക എന്ന് പറഞ്ഞാൽ പറ്റൂലല്ല തന്നെ എന്ന് പോലെ അപ്പൊ ഇസ്മിയാ ജുംലെ ഫീലിയാ ജിംലക്കും അതുമൂലം വ്യത്യാസമുണ്ട് ഫീലിയാ ജും തന്നെ മാളിക്കും മുതാലിക്കും വ്യത്യാസമുണ്ട് ഇവിടെ ഇസ്മിയാ ജുംല രംഗത്ത് ഇനി അറിയിക്കൂല അലഹദില്ല സ്ഥിരപ്പെട്ടു ഞാരിക്കും തള്ളിപ്പഴക ഉറച്ച കാര്യമാണ് മാത്രമല്ല അത് എവിടെ മൈനവയ്യ ന്യായം പറഞ്ഞിട്ടു ുംഹമ്മുംബ്ദുൽ അല്ലാസാ ഖുറാനിൽ അലഹമുല്ലാ അപ്പൊ ലക്കലിയാദ് മറ്റേ മാനവീയ ഞായീ മറ്റൊരീതി എന്താസ് എന്ന് പറഞ്ഞാ രണ്ടെ അസുലിനേക്കാ പോകുന്നു നിനാദെന്താ നിന പോമു അലഹമുല്ലാഹായി വലിയ പറഞ്ഞാൽ ഉം ഒരു ദോഷന്റെ അസുലാദ്യം പിടിച്ചു നോക്കിയാൽ നല്ല ഇതൊന്നും അറിയാതാ നിന്റെ കുറ്റി അരിയാക്കി അരി കൊണ്ട പൂരി പൊടിച്ച് അല്ലെങ്കിൽ അരച്ച് അസരി കരക്കി ചട്ടിക്കത്ത് പോയി നീറ്റി നിങ്ങളക്കി എന്നിട്ട് ബെന്ത് നിങ്ങൾ അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അൽഹദില്ലാദ്യത്തെ ഫോമെന്താന്നുഹന്ദി അഹമ്മദുല്ലാഹൻ എന്നാണ് പൂർണ്ണമായ അതിന്റെ വാക്യത്തിന്റെ ഫോം അൽഹിന്റെ അസുര അഹമ്മൻ അതെ അത്ര ഖബർ അൽഹാഹി അൽഹന്ദ്രവരുടെ അഹമ്മദ് അഹമ്മദൂന്ന് പീനം കളഞ്ഞു അത് എന്റെ വാക്കിയായി അങ്ങനെ കളഞ്ഞക്കല്ല കളയുമ്പോ ഒരാളെ പകരാക്കണ്ടെ അരി ഹൻ എന്നിപ്പുറം അപ്പോൾ മുത്തല കഥ هذا من زلالة المصدر شئ شم الله مصدر هذا حمدًا وحلو تلقاريشتن به عليه قلبت فينم اللي ابان ذاكي اي حمدًا عنده عنده فينم اللي ريكي اللي هو ولياني ذاكوه دا عمدو لكارني ابا الله حمدًا عنده باقيا ها انه فا باقيا حمدًا لله ايكي شوكي نتيشوكي ഹന്തല്ല ഈ വസ്റ്റേ തിരിച്ചു വെച്ചും കൂടെ കൂട്ടാണല്ലേ ആ എന്നിട്ടോ സുമ അകലി സുമ അകലല്ലേ പിന്നെ അതിനെ കൊണ്ട് തെറ്റിച്ച് നസബില്ലെന്ന റഫ്റ്റേലേക്ക് ഏതാ ഏതാ വസ്ത്രൻ എന്നത് വസ്ത്രാണെന്നോ ഹി لذا لا انت عندنا عندنا كن لذا لا سبوتي وثابت وترಲ್ಲو اسميال جملياكم ان دعام سبوتي اركان بليت اپول فصار حمد لله لاي ماري حمد لله ثم اذهنت الالف واللام ان حمد الله تي الف لام ورت الحمد لله لاي يبقى من അതെ അല്ലു കൊടുത്ത് അല്ലെ പറ്റി പറയുന്നുണ്ട് ഇസ്തംഗളാക്കാണോ ജിൻസ് ആണോ അഹദാണോ എല്ലാം പിന്നെ തർക്കി പറഞ്ഞു നീ കൊച്ച ലാമേ ആണെന്ന് പിന്നെ ചോദിക്കാം അല്ലു കൊസ്നെ ഉണ്ടു മനസ്സിനും ജീൻസിന്റെ ലാഭമാകാം ഇസ്തങ്ങളാക്കിൻറെതാവാം അല്ലെങ്കിൽ അഹദിൻ്റെതാവാം അതൊന്നും തോന്നുന്നു അലഹമുല്ല ഇനി എവിടെയെല്ലാം പറയണമെന്നതാണ് പറയാൻ പോകുന്നു ആല തിഹാരി പറയുന്നു പറയുന്നു അലഹി കൊണ്ട് തുടങ്ങല് മുദിസുമാർക്കും സുന്നത്താണ് ഹതീമുമാർക്കും സുന്നത്താണ് ഹാദിബിൻ തങ്കട്ട് പറയുന്നതി ഹതീബ് ഹാദിമ വ്യത്യാസം കേട്ടോ അതിന് മാത്രമായി കേട്ടോ പെണ്ണു കെട്ടുന്നുണ്ട് മുസബ് ബിജി ഓനിക്കും സുന്നത്താണ് മുസബിജി കെട്ടിച്ച് കൊടുക്കുന്ന അമോസങ്കിലേ അതാ മുസബ്ബിജ് ഓനിക്കും സുന്നത്താണ്ഹിമത്തി പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും മുമ്പിലും ചെല്ലിൽ സുന്നത്താണ് മോഷ്ടത്തില പിന്നെ സരാത്തോ പക്കന സരാത്തോ റസൂരില്ല ഈശ്വര സരാത്തിനും സുന്നത്താകുന്നു അപ്പൊ കാന്തയ്ക്കുന്നവനോട് ബിസ്മിനില്ലായി അലഹമ്മദില്ലായി സലാത്തു സലാമ് ജല്ലിക്കൊടുക്കുന്നത് എത്രയാണെന്ന് പറയാൻ പാടില്ലാന്ന് വന്നു ആ എത്രയാണോ ഞാൻ ഇരിക്കുന്നു അറിയാതെ ചോദിക്കുന്നില്ല പിന്നെ ചോദിച്ചു മുത്തസംഖ്യ ചോദ്യം അലഹമില്ലായും പറയണോ സലാത്തും മുസ്ഹബ്ബാണെന്ന് അവര് പറഞ്ഞ് ബാഗ്യാന് പറഞ്ഞു അപ്പൊ ബാഗ്യാനിന് ആക്കാൻ വലിയ ആളല്ലല്ലോ ഇതൊടിയോയില്ലാതെ പറഞ്ഞത് മുഴുവനും കൗലിന്റെ മക്കോലാണ് അത് മക്കോലിന്റെ സ്ഥാനത്തായത് കൊണ്ട് രസിബാണെന്ന് ഇപ്പം പറഞ്ഞു വന്നത് അല്ലെ കാലന്റെ അനല് പറയും നോക്ക മക്കോലുൽ കൗലി എന്തുകൊണ്ട് അന്നൽ കൗല ഈ കാല എപ്പോലും കൗലെന്നുള്ള ആ സാധനം ഉണ്ടല്ലോ അത് ല യുബോ ഇല്ല ജുമല ജും അല്ല നെസ്ബു ചെയ്യൂല നോ കാലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം പറയുന്ന മഫോൽ എന്തായിരിക്കണം ജുലയായിരിക്കണെന്ന കൗലന്ന മസ്ത്ര മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കാലയിൽ നിന്ന് പിടിച്ചല്ലിയന്നൽ കൗലാണെന്ന കൗൽ എന്നുള്ള അതെല്ലാം ഉദ്ദേശിക്കുന്നത് കൗലിന്ന് കുടിക്കുന്ന അതിന്റെ തഫരിയാത്ര എന്തെല്ലാം ഉണ്ട് കാലയോ കൗലോലോ എന്തു അതിന്റെ അല്ല മഫോൽ ആരായിരിക്കണം ഒരു ജുലയായിരിക്കണം ജുംലയാണെങ്കിലോ മുറക്കമാണുതാലും جمليا نقول نسمينا محل الاركان اللي قلت له نظر اسمر كان يجوا تريدون لا حكم رفعنا محل الرفيل الايه مثل الذين كفروا وبترى. اعمالهم كصراب بنقيهه هذا مثل الذين كفروا مبتدا اعمالهم كسراب المبتدي خبره جمله اي مثل هو خبر അപ്പൊ അയമാലവും കസറാവും വീട്ടിങ്ങകത്തും ജുംലത്തിന്റെ സ്ഥാനത്താണ് മഥലുവിന്റെ ഖബറിന്റെ മഹലിലാണ് മഹലിലാണ് ഏതല്ലോ ഈ മുക്തയും ഖബറും കൂടെ ജിംല ജുംല ഖബറാകുമ്പോന്തേ പറ്റുകയുള്ളൂ ഡസ്റ്റ്ബിന്റെ മഹലിൽ ഇറക്കാനേ പറ്റുകയുള്ളു നേരത്തെ നേരെ രസം കൊടുത്തില്ല അയ്യോ ഞായ പഠിക്കാത്ത ഞാനിപ്പോ ഞായവിന് ചെറുപ്പം ജിംലായിരിക്കണം أين مفرداء فتحولي؟ مفرداء فتحولي موضة شرطة نوكي عبي المفرداء ألاك المفردين عندك المفرد نسبة جيجة قال كوند الذي في معنى الجملة جملة نماني لاننجلوهد كريمة مفرد معنى ورن جملة هذا هو إلي قال لي كيف أنت قلتو عالي لون കാലലി എന്നോട് എന്നെ ചങ്ങായി ചോദിച്ച് കയ്പന്ന് ചോദിച്ചു ഒരു തൂ ഞാൻ പറഞ്ഞു കാലന്റെ മുഖുലാ പറയാൻ പോന്നെ അരിലു എന്ന് പറഞ്ഞിരുന്നു അലീലു എന്ന് പറഞ്ഞ മുഫ്രദാണ് ജിന്നയാ അതിനർത്ഥം അന അലയിലു എന്ന് പറഞ്ഞ സ്ഥാനത്താണ് നിൽക്കുന്നത് അലിലാണ് മനയിലാണ് ആ അങ്ങനെയാകാം അല്ലെങ്കിലോ അഭിഫറില്ലാതാക്കപ്പെടുന്ന മുഫറദ്ണ്ടാവും എങ്ങനെയാ അതിന് ലഫുതിന്റെ മാനഅല്ല അത് തന്നെ എങ്ങന അയാള് പറഞ്ഞു എന്ന് ലഫുതു പറഞ്ഞു അയാൾ എന്താ പറഞ്ഞു ഇപ്പ കാല അയാള് പറഞ്ഞത് അല്ലാൻ എന്തുവാട്ടെ നയിക്കാത്തങ്ങനെ പറഞ്ഞു അവ മറ്റോ പറഞ്ഞു നയിക്കാത്ത എടുത്തു നോക്ക ജയ്തുൻ എന്നോ ജൈതൻ എന്നോ ദൈതീന്നോന്നോ എന്തോ പറഞ്ഞു എന്നുവെച്ചാ ജൈതനെ പറഞ്ഞു എന്നല്ല അർത്ഥം വെക്കുന്നത് ജയ്ത് എന്ന് ലഫുത പറഞ്ഞു അപ്പോൾ കാലന് അഫുലരായി ജയ്ത് എന്നല്ല ആ മുഫ്രതായുമത്തായി ലഫുനുറാതായതുകൊണ്ട് അങ്ങനെയോ ആവാം പക്ഷെ എപ്പോള് മാലം ജി മധുരം തന്നെ ഈ കാലാന്നുള്ളത് നന്നാനം അനാക്ക് ഉപയോഗിക്കലുണ്ട് അന്നേകം ഈ രീതിയല്ല മുഫ്രതയല്ല ആ ഈ ചെറുപ്പ എല്ലാ മുഫ്രദാസിന് ജും എന്താക്കാൻ കഴിയുന്ന കാളക്ക് ഇപ്പം എന്തെല്ലാം പണിയായി ഒന്ന് കാള കാലയറ്റി പുരോഗിക്ക എന്നാ ഉറക്കമായിരിക്കണി ജുല മുഫറാകണമെങ്കിൽ ഒന്നിക്കിൽ മുഫറതാണ് ജുംലന്റെ മായനുണ്ടായ മനസ്സ് അല്ലെങ്കിൽ ഈ മുഫറദ് കൊണ്ട് ലപ്പു മുറാതായാലും മതി കാലന്റെ മായന തെറ്റിക്ക ണ്ട് മാതാ തക്കോലെ നീ എന്താ വിചാരിക്കുന്നു ചെലവഴിക്കും എന്താ എന്താ എന്താ പറയുന്നു എന്നുവെച്ചാൽ നിങ്ങളെ ഇതിലുള്ള അഭിപ്രായം നിങ്ങളുടെ വിശ്വാസം എന്താണ് ലന്ന അമ്മാനാക്കി വന്ന ഏത് മുഖ്രാതി നിങ്ങൾ ഈ ശത്വം പുറത്തൊന്നുമില്ല പയസീമൻ മുപ്രദാത്തി കൊല്ലാ കൊല്ലാനില്ലല്ലാ അനുഭവത്ത് പറയുമ്പോൾ ി അത് കിവിന് മാറിക്കട്ട് പറഞ്ഞിട്ടുണ്ട് അർത്ഥം നിങ്ങളെ അറിയില്ലേ ശ്രീമന്ത് ആ എനിക്ക് അറേണ്ടിയില്ല ഞാൻ ഒപ്പിച്ചേരാക്ക തൊന്നു തതന്നു എന്നത് പോലെ ഇജ അൽ നീ ആക്കിക്കോ തകോലൂലെ ആക്കിക്കോ തകോലു എന്ന് പറഞ്ഞാൽ തതന്നുചാരിച്ചോടി പക്ഷെ നീ നേർക്കുന്ന അർത്ഥം ഇജ അൽ തകോലു തകോലൂനെ നീ ആക്കിക്കോ തൊന്നു പോലെ ആക്കിക്കോ അർത്ഥത്തിൽ അപ്പന്താ ഉണ്ടായിട്ട് കാലക്ക നല്ല എന്നു പക്ഷെ എപ്പോഴാന്നൊരു ചെറുത്ത് ഇൻ വലിയ ഇൻ വലിയ ഏത് ഈ കാലാന്നുള്ളത് തുറന്നു വന്നെങ്കിൽ കാലാണോ യക്കൂലും എന്തെങ്കിലും അതൊരു അതിന്റെ പുസ്തകം ഉണ്ടാവുമല്ലോ അത് തുറന്നു വന്നെങ്കിൽ മുസ്തഫംബിഫാമിന്റെ അക്ഷരത്തിനോട് ആ തൂലു ആ തക്കൂലും അല്ലെങ്കിൽ ഹൽ കാല ഇസ്തഫാമിന്റെ എന്തെങ്കിലും അക്ഷരത്തിനോടൊക്കെ തൊട്ടടുത്ത് ഫസലുണ്ടാകാൻ പാടില്ല ആ ഹാതാ തക്കോലു ആ ഹാതാ തക്കോലും ഇസ്തഫാമിന്റെ അടുത്ത് ഹാദ അടക്ക് കുടുങ്ങിപ്പോയി അതാണ് വനം ഞംഫസിൽ വമ്പസിലാകാൻ പാടില്ല അർത്ഥം ഇസ്തഫാമിന്റെ അക്ഷരത്തിന് മറ്റൊരു സാധനത്തിന്റെ ഫസലില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാൻ തുടർച്ചയായിട്ട് വരണം എന്നാൽ ആ തക്കോലു എന്ന് പറഞ്ഞാൽ ആ കുൽത്ത അകാല അൽക്കാല എന്നൊക്കെ പറഞ്ഞാല് എന്താകും ലന്നെ വായനാക്കാണ് കാല വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തിനുഭിപുടിച്ചത് നന്ന എന്നുള്ളതിന്റെ വയനാക്ക് കാല വരാറുണ്ടെന്ന് ഇവരുമാണിക്ക് പറഞ്ഞു എന്ന് അങ്ങനെയാകുന്ന അവസരത്തിന് എല്ലാ മുപ്രദാത്തിനെയും എന്താക്കും ഒരു ചെറുത്തും പോകുന്നു ബക്കാളെ കണ്ട് നസുമും ചെയ്യൂന്നാണ് രണ്ടാമത് ഉത്തരം പറഞ്ഞത് അതാ കാല മുസന്ന മുതലാഖാണ് കമന്നമന്യ അതേ മാതെ മസ്തന്നും മസ്തനോട് രസിക്കണ്ട അതെ തിരിയെന്നെ കൗല്ന്നുള്ളത് നെന് പോലെ അത കാലാന്ന് പറഞ്ഞാൽ വന്ന എക്കോലോന്നൊന്നു അതെ മസ്തന്നും ആ കന് മുത്തലക്കൻ മുത്തലക്കൻ എന്ന് പറഞ്ഞാലോ ഇൻവലിയ മുസ്തഫം അമ്പി വടം ഞെഫലി എന്ന് നേരത്തെ പറഞ്ഞ കൈരില്ലാതെ കണ്ട് എങ്ങനെ വന്നാൽ തരത്തിലോട് ഇല്ലാതെന്താക്ക കൗലിനെ വന്ന പക്ഷെ എല്ലാവർക്കും എല്ലാ തുറീമാരോടൊക്കെ ചെറുപ്പില്ല ഏതുപോലെ ഉദാഹരണം പറഞ്ഞു ആ ഡിസമാമിന് അച്ഛരില്ലല്ല നീ വിചാരിച്ചോ ദാ ഓന വിചാരിച്ചോ മുഷിക്കോട് വരെ ശവക്കു തന്നാളാ ജീവന് വിചാരിച്ചോളീം കേട്ടോ കുൽ എന്ന് പറഞ്ഞതിന്റെ ഒന്നാം മക്വിലാണ് ദാ രണ്ടാം മക്വിലാണേത് മുഷിക്ക അങ്ങനെ രണ്ടു വപ്പി കുൽ എന്നുള്ള അന്നാന വയനാട്ടം ഓനെ വിചാരിച്ചോ അപ്പൊ ഞങ്ങൾ രണ്ടാമെന്നെ അയ്യാറാമെന്നും ചെയ്ത് എന്തെല്ലാ ഭയോഗങ്ങളുണ്ട് അല്ല് കിടത്തി എന്തൊക്കെയാ ഫാദിണ്ടി ജിൻസിന്റെതാവാം ഇസ്തഹിന്റെതാവാം അഹദിന്റെതാവാം അഹദദുൽ ഖാദിജിയാവാം അഹദ് അഹമ്മദ് അഹദുദ്ഹിനിയാകാം ഏ പിന്നെ ചില ഇസ്മിൽ കടന്ന മൗസൂൽ അല്ലാകാം അത് വസ്തുൽ കടന്നാല് അസാധി ഹൗന അല്ലാതിന്റെ സലഹോന്നല്ല അല്ല ഇങ്ങനെ അതിനാക്കും ചിലപ്പോറാക്കിനിൻസിനാക്കുമ്പം തന്നെ ഇസ്തഖറാക്കിന്റെ പെറ്റും നീണ്ടു പറ്റിയുണ്ട് ഒരേ അവസരം തന്നെ ജിൻസിനും പറ്റും ഇസ്സറാക്കിനും പറ്റൂ അങ്ങനെയാവാം ചിലപ്പോ ജിൻസിന്റെ പെറ്റു ഇസ്തക്റാത്തിന് പറ്റൂല എന്തുകൊണ്ടെന്നറിയോ ഇത് സംബന്ധിക്കപ്പെട്ട ഒരു വക്കുമല്ലേ നിന്റെ അർത്ഥം എന്താ പുരുഷന്റെ ജീൻസ് പെണ്ണുങ്ങളുടെ ജീൻസിനാക്കാണ് ഹൈറ ഇവടെ ഇസ്തകറാക്കി വെച്ചില്ല ബാധലേ പോവും എന്തുകൊണ്ട് ഇസ്തകറാക്കാരാക്കാൻ പറ്റണെങ്കിൽ എന്തുവാണെന്നറിയോ ഈ അല്ലിനെ കളഞ്ഞിട്ട് അവിടെ പുല്ലിനെ സങ്കല്പിക്കുക അല്ലിനെ കളഞ്ഞിട്ട് പുല്ലിനെ വെക്കുക എന്നിട്ട് വക്കുമ്പ് പറഞ്ഞു നോക്കുക സാധിക്കാകാൻ പറ്റൂല്ല നോക്ക് എന്താ ഫോർ എന്ന് വരണം എപ്പോ ഇസ് ആക്കാക്കണമെങ്കിൽ അത് നടക്കൂല കൊല്ലു ഫർദിൻ്റെ പുറത്തല്ലേ ഞമ്മൻ നിസായി പുറത്തല്ലേ ഫാത്തിമ ബിബി ഫതിജീമിയല്ലോ ഓരോ കാണാൻ സൈഗറെന്നറിയാൻ പറ്റോ അമ്മ സാധിക്കാവൂല അപ്പൊ അവിടെ ജിൻസിനാക്കാനെ പറ്റു ഇസ്തകനെ പറ്റൂല ചെറുപ്പ രണ്ടിനും കൂടി പെറ്റീന് വരും അൽഹന്ദ്രണ്ടും പറ്റുണ്ട് അൽഹന്ദ ഹന്ത് എന്ന ജീൻസ് എവിടെ മോജൂദാകുന്നുവോ അതെല്ലാം അള്ളാക്ക് ഉള്ളതാണ് അതേ അപ്പൊ ജീൻസ് മോജൂദാകാൻ ജീൻസ് കൊല്ലിയാത്ത കൊല്ലിയാത്ത അഫറാദിൽ കൂടിയേ മോജൂദാവുള്ളൂ അപ്പോ ഹന്ദിന്റെ ജീൻസ് മോജൂദാകുന്ന ഏത് പുറത്ത് എവിടെ ആരൊക്കെ വാക്കിണ്ടോ കഥീമായ ഹരിഹായാലും ശരി അല്ല അള്ളാട്ടുള്ള എന്നെ വേറെ ആയിരിക്കും പോകില്ലാന്ന് പറയുന്നു അപ്പൊ അല്ലെന്താക്കാ ഇടങ്ങിൻ കുഴപ്പമില്ല ഇവിടെ ഇപ്പൊ ഏതാക്കണ്ട് രണ്ടും ആക്കാൻ ഉണ്ടോ രണ്ടും ഒന്നിച്ചെന്നെ ആക്കുന്നതിന് കുഴപ്പമില്ല അൽ എന്നുള്ളത് ഹന്ദിൽ കടന്ന അല്ലോ അൽഹന്ദി ജിൻസീയത്താണ് അവിസ്തവാക്കിയത് ആണ് എന്നാ രണ്ടെണ്ണം കൂടെ അപ്പൊ അതെന്താക്കി മാനിയത് ഒരു ഉപയോഗി ഉണ്ടാവുകയാണ് ഇപ്പൊ വരേണ്ടത് കാരണം ജമക്കിന് വിരോധിട്ടല്ല അത് എന്തിനാ ജീൻസാന്ന പിന്നെ ഏതെങ്കിലും ഒന്നാക്കിയാ പോരെ ഒന്ന് അസുരം പറഞ്ഞു അല്ല ജീൻസിലാവരാണ് അസുര പിന്നെ പുറ ആ കാണിൽ വേറെ മറ്റു ഭാഗ്യം ചെയ്യണമെങ്കിൽ ഒന്നേക്കിസിന് വന്നു കഴിഞ്ഞാൽ എന്തോ ഗുംബൽ അല്ല അല്ലെന്താ നിസ്സറാക്കാൻ മനസ്സിലാക്കാതുകൊണ്ട് ഇവിടെ ഇല്ലല്ലോ നിസ്സിനെ നടക്കുന്നുണ്ട് കരിഞ്ഞ കരിഞ്ഞാല് ഹൈബോമിനെ ജിൻസിനിയാക്കാൻ പറ്റുള്ളൂ ജിസ്സറാക്കൻ ആക്കിക്കൂടാന്നുള്ളത് ഹലീജി ആയിഷ ബിബിട്ടുള്ളതോണ്ടാണ് അത് അക്കനിയോ നക്കലിയോയോ വേറെ വരിയിലാണ് ലഹുദിയല്ലെങ്കിലും ഒന്നിനും ചെറായി ആയിക്കോട്ടെ അപ്പോ അല് ജിൻസിനാവലി വഹു അല്ല അസുലു അല്ലിനെ വബൈ ചെയ്ത വിഷയത്തിലുള്ള അസുലു ജിൻസിലാവലാണ് അതുകൊണ്ട് ആദ്യ ജിൻസ് എടുത്ത് പറഞ്ഞത് ചെറാ വായിക്കുന്നു എന്നാ ഇസ്താക്കോറാൻ അതിന്മാർ പുതുതായി ഉണ്ടാകുന്ന ഒരു ജിൻസ ഒരു ബുക്കുമാകുന്നു അതിന് കഴിഞ്ഞിട്ട് പറയും പോകണോ പുതുതായി വരുന്നത് ഒന്നുണ്ടാവും ചിലപ്പോ അപ്പാ യാടക്കം കാലിൽ ഉണ്ടാവും ഇവലിന്റെ അന്വ കൊടുക്കാം അവന്റെ താറൊന്നും വായിക്കൂല താരി ഇവന്വീനാകുന്ന അവസരത്തിൽ പിന്ന അതിന് അടക്കത്തെന്താണ് അന്വരുത് അപ്പൊ അവ നോക്ക രണ്ടുപ്രകാരം അർത്ഥം വെക്കാം വൽ മാൻ ആലി അലിഫിലാമ് ജീൻസ് ആക്കുന്ന പ്രകാരം മാന ജിൻസ് മുസ്തഹിഖു ലാമിന്റെ അപ്പൊ ഇപ്പൊ തന്നെ ലാമാ പറഞ്ഞു മനസ്സിലായി അപ്പോ ഹന്ദിന്റെ ജീൻസ് കംപ്ലീറ്റ് അള്ളാഹു താലാക്ക് മുസ്തസായി കഴിഞ്ഞാൽ പിന്നെ അഫറാദ് എവിടെ വന്നോ അതെല്ലാം അള്ളാഹിന്റെ ഏതെങ്കിലും പുറത്ത് പുറത്തുപോയാൽ ഒരു പുറത്തിൽ കൂടി ജീൻസും ഒരു ജിൻസിന് സ്വന്തം നിലനിൽപ്പില്ല ജീൻസും അക്കൂരിയാണ് അപ്പൊ ഹന്തിൽ പെട്ടവരറ്റ പുറത്തും ഉണ്ടാകുന്നതല്ല എന്ന് പറഞ്ഞു അപ്പൊ ആപത്തിൽ ആക്ക ഒരു ശ്രമമായി അപ്പോ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വിരോധം ഇല്ല അപ്പൊ അതെന്തായി മാനിയത്തിൽ കൊലുംവിൻ്റെ വന്നു ശരി മനസ്സിതെന്ന് പറഞ്ഞാൽ ഈ അവന്റെ മുമ്പാത്തി ഇപ്പുറം വന്ന സ്ഥലം ഉണ്ടാവും രണ്ട് സാധനം ഉണ്ടല്ലോ രണ്ടാൽ ഒന്ന് കൂടിയേ കഴിയും രണ്ടും ആക്കുന്നതിന്റെ വിരോധം ഇല്ലാന്ന് നീ എന്തേക്ക് ദർശിച്ച് പോകണം അല്ലെങ്കിൽ സ്കൂൾ പോകണം എന്ന് പറഞ്ഞു അപ്പൊ പറയുന്നവർക്ക് രണ്ടും കൂടി പോയിക്കോണന്ന് പറഞ്ഞ വിരോധം ഒട്ടുമില്ലല്ല അന്നേരുന്നുണ്ടല്ല എരുതുകാലി ിൽ ഹാദീസിനെ സംബന്ധിച്ചുള്ള ഇഷ്കാലാണ് വരുമെന്നാ പറയുന്നത് എങ്ങനെ ഹംദ് നാല് ജാതിയാണ് എങ്ങനെയൊക്കെ അള്ളാഹു അള്ളാരിച്ചു അതേ കദീമ് ഹാദിസിനെ സബ്യാക്കളൊക്കെ പിന്നെ ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ ഇഷ്കാൽ വരുന്നുണ്ട് എന്നൊക്കെ حمد الحادث للحادث حادث عصاذرم حادثن اندകി <سؤال> حمد جيدو زيد امره حمد جيدوน मसलन இல்லে இது அல்லாஹ் تعالیக்கு முஸ்தனிக்கான்னு বলணும் بالنسبه لنا இன்ன kadimindhe hamd hadithine andheedu அப்ப حمد கிட்டத்தட்ட மஹமூதாரா ஹாதீது ரெண்டு சூரத்துல மஹமூதாரா ഹാരിസായി സൂറത്തിപ്പം വന്നത് ഹാമിന് വിശേഷ രണ്ട് സൂറത്തിൽ ആദ്യത്തിൽ ഹാരിസും അല്ല ഹാമിദും മഹമ്മൂദും ഹാദീസായി രണ്ടാമത്തേല് ഹാമിദ് കദീമും ഹാദിഫ് മഹമ്മൂദ് ഹാദീസുമായി അവ രണ്ട് സൂറത്ത് ഇജീഫാക്കേതാന്ന് മഹമ്മൂദ് ഹാദിഫെന്ന് സൂറത്തിൽ അള്ളാഹു താലാക്ക് മാത്രം മുക്തസ് എന്ന് പറഞ്ഞ നടക്കുന്നില്ല അള്ളാരി വിട്ട് പുറത്തുപോയില്ലേ നമ്മക്ക് മറുപടി വേഗം ഉള്ളത് അത് ലാഹിൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഹാക്കി കത്താ ഞാൻ പറയുന്നത് ലൈതന് ഹൻഡിൽ ചെയ്യപ്പോഴാണെങ്കിൽ മഹമ്മദ് ബിഹിയായ കാരണങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം അള്ളാഹു കൊടുത്തു വന്ന വെറോസിൽ പിടിക്കുകയാണെങ്കിൽ പിന്നെ പുറത്തു പോയിട്ടില്ലല്ല മുപ്പറന്ന മറുപടി നോക്കാം അള്ളാഹു താരാ നമ്മളിപ്പോ പറഞ്ഞു വന്നതെന്ന് എല്ലാ ഹും നിങ്ങളി പറഞ്ഞത് എന്താക്കി ഹംദുൽ ഹാദിദിൽ മാത്രമേ ഉള്ളൂ അമ്പലിനെ മതഹി ചെയ്താൽ മതഹ് നേരെ പോകുന്ന അമ്പലക്കാന്ന് പറഞ്ഞിട്ടുള്ള ലാഹിദ് മാത്രമാണ് അതല്ല നമ്മുടെ ചർച്ചയിലുമാണ് ഈ രണ്ട് സൂറത്തിലും മഹമൂദ് അമ്മാഹു താല അല്ലാത്ത ഹാദി തായി പോയിന്നുള്ള ഹസ്ബുൽ ففي الواقع ونفس الامر هما له ايه همان لهنو يقولون هما عارند همدن لهن الله تعالى لك دنيان مردنه لأنه المنعم الحقيقي فتتب فسوكيتن يقولون الله تعالى مروريش يهلون أب استغراقيتن إلا أن الاستغراقيان أين ذات ليبه അല്ലിനെ കളഞ്ഞിട്ട് കുല്ലുകൊണ്ടുവരിക പുല്ലുണ്ട അർത്ഥം ഒപ്പിച്ച് നോക്കിയാ ശരിയാവുന്നുണ്ടോ എന്നാ അല്ലും കുല്ലു ഒരുപോലെയായി അലാമത്തു ഹാ അല്ലിന്റെ അലാമത്ത് മഹല്ല ആ അല്ലിന്റെ സ്ഥാനത്താരക്കുല്ലിനെക്കിട്ടോ അതാണ് അതിന്റെ കുല്ല് അപ്പൊ അൽഹന്തില്ല പുല്ലു ഹന്തില്ലില്ല ഇത്താരൊരു മാനാക്കി യാതൊരു വരാകില്ല ും അനു ഒരു ചോദ്യം അഹദായി കൂടെ അലിഫിലാമിലുണ്ടല്ലോ അഹദിന്റെ അലിഫിലാമെന്ന് പറഞ്ഞിട്ട് അല്ലെ അഹദിന്റെ അലിഫിലാമാക്കുന്ന അവസരത്തിലൂടെ മാൻ ഒക്കൂലെ നിങ്ങൾ അത് പറഞ്ഞില്ലാന്ന് ലിസ്റ്റാജ് അഹദാക്കുമ്പം തന്നെ അഹദുൽ ദീഹിനിയുണ്ട് അഹദിനിയാകുന്ന അവസരത്തിൽ നെഹിറാൻ അഹുക്കുമില ഉണ്ടാകുക പ്രത്യേകം അതൊന്നും കാണൂല ഇത് ആ പിള്ളുകാർന്ന് പറഞ്ഞ ആദ്യ കാറിനെ പറ്റി പറഞ്ഞിട്ടില്ല പക്ഷെ കാറിന്റെ ഒരു സാധനം നേർത്തം പറ്റുള്ളൂ ഉദി സൂക്ക നീ അങ്ങാടി പോവുക അസൂക്കാന്ന് പറഞ്ഞാൽ ആടെന്താ മുറാക്കലേ ഇഷ്ട ക് ആക്കലോ അല്ല ജീൻസ് ആക്കലോ അല്ലെങ്കിൽ അഹദോഹാരജിയോ അഹത് ദീനിയോ ഉണ്ടാക്കലും ഉപയോഗിച്ചു പറഞ്ഞിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് പത്ത് റുപ്പ്യതഹലി സൂക്ക വസ്തരി ചമക്കാൻ നീ നൂറുപ്പിയും കൊണ്ട് പോയിട്ട് അങ്ങാട് ഈ പോയി മീൻ വാങ്ങിച്ച് പോകുന്ന പറയുന്നു ഇവിടെ ഞാൻ എന്താക്കി പുതുപ്പൊലി സൂക്കരി ചക്ക ആ സൂക്കൾ കടന്ന അലിഫിലാമെന്താന്ന് നഷ്ടം നോക്കുന്നു ഇസ്തകളാക്കാം നോക്കുമ്പോൾ നടക്കൂല അതിന്റെ അർത്ഥം സൂക്കാൻ ഏതെല്ലാം പുറത്തുണ്ടോ അവിടെയെല്ലാം നീ പോയിന് മീൻ വാങ്ങിക്കാൻ നൂറുപ്പേക്ക് നഷ്ടം കിട്ടുക അത് നടത്തുന്ന കാര്യമല്ല ഒന്നാമതെല്ലാം അങ്ങാടിനി പോവാനും കഴിയൂല എല്ലാ അങ്ങാടി പോയ പൈസക്ക് മീൻ കിട്ടുകയും ചെയ്യൂല അത്രത്തോളം മീനെ കുഴപ്പമില്ല അവൾ ഇഷ്ടങ്ങളാക്കി ആഴ അല്ലാക്കാൻ പറ്റൂല പോയി അതിന് ഫറല്ല ജീൻസ് ഓറാതാക്ക ജീൻസ് ഓറാതാക്കിയ സോക്കെല്ലാം ജീൻസിൽ പോയി കിടക്കുക എന്നിട്ട് മത്സ്യത്തിന്റെ ഒരു ജീൻസും വാങ്ങിയിട്ട് വാങ്ങുന്ന അത് വാങ്ങാൻ കഴിയുകയും ചെയ്യൂല അത് മില്ലിക്കാൻ മഴ പോലെയും തനിച്ച ജിൻസാക്കാൻ പറ്റൂല എന്താ പിന്നെന്താ കണ്ട് അഹദുൽഖാരി അഹദുൽ ഖാരി മുമ്പ് ഷോക്കിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ലല്ലോ അന്നെങ്കിലല്ല അസോക്കിൽ പോയിക്കോ എന്ന് പറയുന്നേ അപ്പൊ എന്തേലുള്ളൂ അഹത് ദിഹിനിയാക്ക അഹത് ദിഹിനിയാക്കിയാൽ എന്താന്ന് അറിയോ ജിൻസിന്റെ അലിഫിലാന്ന് കടന്ന ഏതോ ഒരു ഫർദ സാധിക്കാവൂ ഏതോ അങ്ങാടിലേക്ക് പോയിക്കോളുക മീനാന്ന് പറയാ ഒന്ന് നല്ലതൊ ഇതെന്ന് നോക്കിട്ട് മയ്ക്കൂട നീ മത്സിക്കുവാണ് എന്നിട്ട് നല്ല മീനാ തോന്നുമായിക്കൂടാ അഹൃദീഹിനി മനസ്സിൽ നീ പറയുമ്പോ തന്നെ മനസ്സിലാകും തൽപ്പമിലേക്ക് പോകുക അല്ലെങ്കിൽ ശരണ്ട അടുത്ത് പോകാന്നെ നീ വെക്കയക്കോ അങ്ങനെ അരുദീഹിനിണ്ടായിര മീനെന്താ വാങ്ങുന്ന ആകോറി ആക്കോറി എന്താ വാങ്ങുന്ന വെച്ചാൽ നീ ഉണക്കായിക്കോ അഹിനിയ അപ്പൊ അഹദായി കൂടിയത് അഹതാവുമ്പോ ഏതാണിപ്പോ നിങ്ങൾ അഹത് മഴ മനോഹായ ഏതായിരിക്കും അന്നേരം പറഞ്ഞു കദീമോ ഹാദിസോ ആദി നാലിന് പെട്ട ഏതാന്ന് ചോദിക്കണം അന്നേരം കദീമോ എന്ന് ഉണ്ട അപ്പൊ രണ്ട് ഹാജിച്ച് പുറത്തു പോവില്ല രണ്ട് ഹാജിച്ച് പുറത്തു പോവില്ല എന്നേരോ അന്നേരം നമുക്ക് എല്ലാം കിട്ടുന്നില്ല അപ്പൊ ആയ അഹന്ത ഏതായിരിക്കുക അപ്പൊ മൂന്നേം ബാക്കിണ്ടല്ലേ അല്ലെ അങ്ങനെ ആക്കുകയാണെങ്കിൽ വദാലിക്കലത് അങ്ങനെ രാജാക്കി വദാലിക്കലി അൻ ഹമിദ നഫ്സഹൂബി നഫ്സിഹി അസലൻ അതെന്താന്ന് അള്ളാഹു അന്ത് ചെയ്യണം ആര് ഹ് ചെയ്താലും അല്ലാഹ് സൂട്ടാന്ന രീതിയിലാകുന്നില്ല അതുകൊണ്ട് അള്ളാഹ് എന്തെങ്കിലും അതി അതിന്റേതാണ് അർഹിക്കുന്നൊരു ഹന്ത് വേണ്ടേ അതുകൊണ്ട് അള്ളാഹുദാക്കി ഓന ഓന്റേതായ രീതിയിൽ ഓനക്ക് അഹന്തി ചെയ്തു എന്നാണ് വട്ടം പോലെ ആ അഹദദാണ് മുസ്നിക്കുൽ ഇല്ലാഹി എന്ന് പറഞ്ഞു വക്കെ അങ്ങനെ ചിലര് പറയുന്നു എന്നാ ശരി അപ്പൊ കമ്മം കൈഫ എന്തായി എല്ലാ ഹന്താണ് വിജയം എന്നിട്ട് ഹംത ആ ഹന്ദിനെ അള്ളാഹു താര വെളിവായിക്കൊണ്ട് ഇങ്ങനെ ഒരു ഹന്ത്ണ്ടേന്ന് അംബിയാക്കലിൻ കൂടി അറിയിച്ചു അപ്പോ അള്ളാഹു താര ഓന ഓൻ തന്നെ ശ്രദ്ധിച്ച കദീമുല്യ കദീമായ ഹന്തിനെ കൂടി അറിഞ്ഞപ്പോ ഞമ്മ പറഞ്ഞു അപ്പറഞ്ഞ ഹന്ത്ല്ലേ ആ ഹം അള്ളാക്ക് എന്നീൻ അള്ളാഹിന്ദ്രൻ അല്ല അള്ളാഹുക്കെണ് അങ്ങനെ കൊടുക്കാമല്ലോന്ന് ചിലരി ആ തെലിമത്തെ നാം പറയുന്നു അഹമ്മദ് ഹോബി എന്ന് ചിലർ ജായിസാക്കിയിട്ടുണ്ട് അപ്പൊ മയനയിൽ എന്തായോ എല്ലാ ഹംതിന്റെയും കമ്മും കഴിപ്പം അള്ളാഹ് അല്ലാതി ലൈക്കാന്ന രീതിയിൽ എല്ലാവർക്കും കൂത്തായി വന്നു പക്ഷെ ലാഹിറിൽ കാണുന്ന ഹംതിന്റെ അഫറാത്ത് ഉൾക്കൊള്ളിക്കൂല അങ്ങനെ കുഴപ്പമില്ല ഹാദിസിന് ഹാദിസിനത് ഉൾക്കൊള്ളൂലല്ലോ ഞാൻ അഭിപ്രായം തള്ളിയത് ഞാൻ ജായിസാ എന്ന് പറയാം അതാരെ തീർന്നു എന്നെ ലില്ലായി ലീ ഉണ്ടല്ലോ അതാണി പറയേണ്ടത് അപ്പൊ ലാമന്തിന്റെ ഇസ്ലുഹാക്കിന്റേതാണോ മിൽക്കിന്റേതാണോ ഇഫ്തിസാസിനാണോ ഇതൊക്കെ നോക്കുമ്പോ മാറ്റം വരും മിൽക്കാവുന്ന അവസരത്തിൽ ഇതുകൊണ്ട് മമലുഖാമെന്ന പറയുന്നേ എഫ്തിസാസ് ആവുന്ന അവസരത്തിൽ മിൽക്കുണ്ടാവില്ല ബസ്സിൽ കയറി സീറ്റ് കുടിച്ച് സീറ്റ് കൂടി വേറെ ഇരിക്കുമ്പോൾ ആ സീറ്റ് എൻ്റെതാന്ന് പറഞ്ഞു ആ സീറ്റുലി ആ സീറ്റ് എന്റേതാന്ന് പറഞ്ഞാൽ നിങ്ങളെ മാളിക്കുന്നല്ല നിങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് നിങ്ങളെ മുത്തസായി നിങ്ങൾക്ക് മിൽക്കില്ല നിൽക്കും ഉണ്ടായതുകൊണ്ട് മുത്തസാഹിക്കൊള്ളണൊന്നുമില്ല കാരണം ബസിന്റെ ഉടമക്കാന്ന് നിൽക്കുന്നതുകൊണ്ട് അയാൾ ബസ്സിൽ സീറ്റിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വേറെ ബസ്സിൽ കൈവട്ടി പോകുന്നുണ്ടാവും ഈ ബസ്സിൽ ഞാൻ മരിക്കുന്നു മാലിക്കായതുകൊണ്ട് മുക്തസ് ആയിക്കൊള്ളണമെന്നില്ല മുക്തസ് ആയതുകൊണ്ട് മാലിക്കായിക്കൊള്ളുന്നില്ല ബൈനാൽ മാലിക്തീ ആ മതി അതുകൊണ്ട് മാലിക്കുമാണ് മുസ്തസ്വാൻ സ്വന്തം ബാസില് സ്വന്തം സീറ്റിനാണ് കേറിയിരുന്നത് ആ സീറ്റിനെ അയാൾ മാലിക്കുമാണ് മുഖ്തസ്വാൻ മമ്മത്ത ബാസ് അമ്മം കയറിയിരുന്നാലേ മാലിക്കയാണ് മുസ്തസി അമ്മ അങ്ങനെ ഞാൻ അല്ല അപ്പൊ ഇസ്ലാഖിന്റെ വാദ്യമുണ്ട് ഇസ്തിമാലിന്റെ വാദ്യമുണ്ട് അപ്പൊ ഇസ്തിഹക്കാക്കാമാർ പറയുന്നു ഇഫ്തിസാസീതല്ലോ പോയത് എനിക്ക് മിൽക്കും ഇസ്തിഹക്കാക്കുന്ന മേലെ വ്യത്യാസം എന്താന്ന് നാപ്പത് ദുർഹമുണ്ടരാണ് കയ്യിൽ ഹൗലു നിസാബ് എത്തിക്കഴിഞ്ഞാൽ ഹൗലറങ്ങലോട് കൂടി ആ ഒരു ദുർഹന്മാരുതാന്ന് ഇയാളെ മിൽക്കിന്ന് പോയി ഇയാൾക്ക് മുപ്പത്തൊമ്പതായി ചുരുങ്ങുകയും ചെയ്തു അതിനകത്ത് നാൽപ്പത് ഗൃഹം എന്ന് വെച്ചാൽ ഇരുന്നൂറ് ഗൃഹം നിശാബ് നാൽപ്പത്തിൽ അഞ്ച് ദൃഹം നോക്കാം ഇരുന്നൂറ് ദൃഹം വിൽക്കാക്കിയാൽ കൊല്ലം നീയുമ്പോഴേക്കയാൾ ആരായി നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ മാലിക്കായി അഞ്ച് ദർമ്മം പുറത്തുപോയില്ലേ അതിന്റെ മുസ്തകിക്കാരാ മുസ്തക്ക് പൊക്കോറാവ് പക്ഷെ ആർക്ക് മിൽക്കായി ചൊല്ലി ഇപ്പോ അടങ്ങി നിൽക്കിയത് ഇസ്തേഹക്കാക്കൽ പൊക്കറ മിൽക്കോ ഇവൻ ആരും ഓരോഹരി വെച്ചിട്ടാണോ കൊടുത്തത് അവരായിരിക്കും മുസ്ലിക്ക് അല്ല മാലിക്ക് മാലിക് ഇസ്തേഹാക്കണോ ഇവട ലില്ലായിരുന്നു ലാമ് ഇസ്തേഹക്കാക്കിനാണെന്ന് നമ്മുടെ കൊണ്ടുപോയത് ആ ലാമിലില്ലായ്തിമാല പറഞ്ഞില്ല എന്നാ മിൽക്കാക്കി കൂടെ പറയാം ഇ സ്നേഹക്കാക്കിന് വാബിത്ത് എന്താണെന്നറിയോ മാ വെക്കാത്ത മായനം വതാക്കി ഒരു ധാത്ത ഉണ്ടാകുക ഒരു മായ ഉണ്ടാകുക ധാത്ത മായനുണ്ടാകുക എന്നിട്ട് അതിന്റെ അടിയിൽ ലാമൻ സുബുത്തക്ക അപ്പൊ ഹന്ത് എന്നുള്ളത് മായനയാണ് ലില്ലാന്ന് പറഞ്ഞ അള്ളാഹു എന്നുള്ള ഒരു ധാത്തുവാണ് രണ്ടിന്റെ അടിയിൽ എന്താക്കിയത് രാമ കൊടുത്തത് അപ്പോ ഇസ്നേഹക്കാക്കിന്റെ ലാമാണ് കടന്നെന്ന് പറഞ്ഞത് മാലിക്കാൻ പറ്റൂ എങ്ങനെ മാലിക്കണം രണ്ട് സാധനത്തിന്റെ അടിയിലുണ്ടാകുക അതിൽപ്പെട്ട ലാമിന്റെ മധുഫൂലുണ്ടല്ലോ മജുറൂർ മജുറൂറിന് മിൽക്കാക്കം നിലയിൽ തസുറൂഫിന് അധികാരമുണ്ടെങ്കിൽ എന്തായി മാറി മിൽക്കോയി ആകൽക്കലമൊലി ആകൽക്കലമൊലി എന്ന് പറയണമെങ്കിൽ കലമുണ്ട് ഒരു ഞാനുണ്ട് ഈ ലീന മജുറേതാ അനയല്ലേ അനക്കിത് അധികാരമുണ്ടോ എന്നെങ്കിൽ ചെയ്യും റസോറു അധികാരി ഇവിടെ മാനന്റെയും ദാത്തിന്റെയും ഇടയിൽ മാന നോക്ക് ഹന്ത് ദാത്ത ഏത് അള്ളാദ അപ്പം ലാമിനെ ഇസ്തിഹക്കാക്കിന് വേണ്ടി ആക്കൽ എന്നത് അഹദു എഹ്തിമാലാത്തിൻ ആ റുബായി നാല് എഹ്തിമാലിൽ പെട്ട ഇനി മൂന്ന് ബാക്കിയുണ്ടെന്നാണ് പറയുന്നത് ി രണ്ടാമത്തേത് അൽമിൽമിന്റെ മകനെ മിൽക്കാക്ക് കൊഴപ്പില്ല അന്നേരം വേറൊരു ഗണി ഉണ്ടവിടെ ഹന്തും കദീമും കദീമും കൂടുതലല്ലോ കദീമിന്റെ ഹന്ത് കദീമിന് മിൽക്കാണെന്ന് അതിന് അനില്ലല്ലോ അല്ലാൻ ഹന്ദിന്റെ മാലിക് അല്ലെ പറഞ്ഞൊരു ഗണിന്റെ അവിടെ മിൽക്കാക്കുമ്പോ ഒരു സറാർ വന്നിട്ടുണ്ട് ഹന്ദിന്റെ നാല് നിങ്ങൾ ഇപ്പോഴത്തെ രണ്ടെണ്ണം മിൽത്തിന് വെച്ചൂല ഞാൻ കാര്യം അത്താരി മൂന്നാമത്തെ ഹറ്റി മാല് താഴിലാണ് തരീല ലാമ് ഹന്ത് അന്നാക്കാം തരീലെന്ന് പറഞ്ഞപ്പോ ഈ ലാമിന്റെ മധുഭൂതം എന്തുണ്ടാകണം ഇത് ഈ ഹുക്കമിന് ഇബാത്താക്കാനുള്ള ഇല്ലത്തതിനുള്ളിലുണ്ടാകണം ഫുക്കറ ഈ മാല് ഫുക്കറുള്ളതാണെന്ന് പറയും എന്താകാൻ കാരണം ഒരു പക്കീറന്മാറായതു കൊണ്ടാണ് ഈ മാലോർക്ക് കിട്ടാനുള്ള കാരണം ഞാൻ തരീല് വരുന്നത് ൂത്താകാനുള്ള കാരണം ഇവർ ഭക്തമാകുന്നു എന്നാണ് കാരണം ഇത് ഇല്ലാ യാക്കിയോ അള്ളാഹുത്താലാവരുതന്റെ അന്തിന്റെ കാരണമാണ് അത് എസ് എടുക്കുന്നുണ്ട് അവൻക്ക് എല്ലാ പഴയ കമാലത്തിന്റെ സിഫാത്തുകളുണ്ട് ആരും എന്റെ ഹാലിക്കാണ് എന്തെല്ലാം യോഗ്യതയുണ്ട് അന്നലത്തെല്ലാം അള്ളാവും അദ്ദേഹത്തിന്റെ കാരണം തും ആവാ പറഞ്ഞില്ലേ ഫലി അവരിച്ചു പറയുമ്പോ ഇസ്തഹരിച്ചിട്ട് അതിന്റെ വാന ജമീദ് അത് തന്നെ പോയതും ശേഷം പറഞ്ഞിട്ട് മുപ്പത്യാക്കാനും കൊടുത്തുള്ളൂ ി രണ്ടാമത്തെ പ്രകാരം അപ്പൊ ആരെങ്കിലും ഹന്തിന്റെ രണ്ട് ഞങ്ങൾ ഇഷ്കാല വന്നിട്ടുണ്ട് ആ പറയാമത് പ്രകാരം അള്ളാഹുദിന്റെ വേണ്ടി താബിത്താണ് എന്നായി വെറുതെ നോക്കണ്ടി റാമി അനുസരിച്ച് മുഹ്തി ജമീമദി മുസ്തസ് ഇനി ഓരോന്നിനെ ഇത്രയാൾ പറയാം അല്ലിനെ നിങ്ങൾ എന്ത് ി കഴിയുന്ന അവസരത്തിൽ ഇപ്പുറം ലാമിന്റെ ഡാമും മുസ്തഹിഫും കാക്കുമ്പോൾ ചിലപ്പോ അൽഹന്ത അല്ലും ലില്ലാന്റെ ലീവ് ഒത്തുപോകാത്ത രംഗങ്ങൾ വരുന്നവർ മൗത്തതയിൽ കടന്ന അല്ലും കവറിൽ കടന്ന ലീവുണ്ടല്ലോ ഡാമും രണ്ടും തമ്മിൽ ജോലിക്കാത്ത രംഗങ്ങൾ വരാറ് നോക്ക് അലി അൽ അഹദിയൻ അൽഹന്ത അല്ലി അഹദിയ അപ്പൊ ഇതായി അള്ളാഹു അഹദദിനേതാ പറഞ്ഞത് അന്ത് ചെയ്തതാണ് അഹദ് അല്ലെ അങ്ങനെ വെക്കുമ്പോ ലായു നാസിബ്ലാമിൻ പറ്റൂലാക്കാൻ പറ്റൂലെന്താക്കു അള്ളാഹുത്താര കദീമായ അതിനെ മാലിക്കൂ കെ കദീമൂലിക്കൂല لأنه يسير المعنى الحمد المعهود القديمة مملك لله نوريم والمملك لا يكون إلا حادثاً تطم مملك آغن من الحادثان هذا هو قديم لأنه قديم لا تطم لأنه يقول وَالْمَمْلُوكَ لَا يكون إلا حادثاً إِنُّ اللَّذِ إِبْنِلَا إِنِّلَا قَعِنِي لَعُنِي يه مجولة نوري لا يناسبون لا يناسبون إلا تطم يعني ക്ക് ആദ്യത്തെ ആവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു താഴെയാണ് ഏത് കദീ ആയിക്കൂടാന്ന് ലേ അന്നലൂക്ക് മുത്തറഫീ കദീമാണ് മംലൂക്ക് മുത്തസറഫി ആയിരിക്കണം കദീമോ ലാ തസറി അതിലാരും തസ്ലീഫ് നടത്താറില്ല അതെന്തിനില്ല കഥീം ആയിക്കൂടാ ആദ്യത്തെ ആയിക്കൂടോന്നുള്ളെങ്കിൽ ഇല്ലത്തിന്റെ ഇല്ലത്ത് അതിന് നമുക്ക് വേറെ പണിപ്പോ നന്നെ ബേജാറാക്കല്ല അൽ എന്ന് പറഞ്ഞ് നമുക്ക് ധനം മാറ്റാം ഏത് അഹദിനാ മഴഹൂദ് അങ്ങനാക്കി വെച്ചിട്ടേ മയഹൂദ് എന്നുള്ളത് മോറ്റമ്പറായ എല്ലാ ഹിന്ദുക്കളും നിങ്ങൾക്ക് വെച്ചാടാ നിങ്ങളെ കദീമല്ല ആദിത് എന്തെക്കല്ല മോറ്റമ്പറായ എല്ലാ ഹിന്ദുക്കളും അങ്ങനെ വെച്ചാ എന്തായി ഹാജിദൻ കദീമിനെ സ്വദിച്ചതും അതിൽപ്പിടുകയല്ല അമ്പിയാക്കണോ ഔലിയാക്കണോദി ഹും അമ്മ മംലൂക്കും കൂടി പെടുന്ന രീതിയിലുള്ള അമ്മക്ക് പിടിച്ചിട്ട് ഹംദു അമ്മിയായി ഹു അവിലിയായി എല്ലാം പിടിച്ചിട്ട് എല്ല ആ മജുമോ ഉണ്ടല്ലോ ആ മജുമോ ആണ് മഹൂദ് അപ്പം മമലുഖാൻ അന്ത്യോണ്ട് അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നു തിരിച്ചുമ്പിണ്ടായാ മതി ും പറഞ്ഞു ി നമ്മളെ അത് ഇബ്രാഹിം ദസൂഖി എന്ന് വിചാരിച്ച കണ്ടേ അതൊക്കെ ഈ ദസൂഖി കൊറേ ശേഷങ്ങളിലാണോ ഷെയ്ഖായിട്ട് ഇബ്രാഹിം ദസൂഖി അറുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇമാ നവഗീതങ്ങളെ കാലത്തിന്റെ മുമ്പിലാണോ മറ്റൊരു റസൂക്കി ഉണ്ടല്ല അത് ഇത് സനുസിക്കി ഷരായത് അത് കുറെ ഇംഗ്ലാണോ കാരണം സനുസിക്കിഷ്ട ഉണ്ടായിരുന്ന തോളായിരം കാലത്ത് من أجل تنقلق على الأراضي من أحسيرانا حسيري سلوس إماما سلوس إماما وفاتا في الشهر شعانا بسوكي أن يحسيرني وإبراهيم دسوكي حسيرين وريان يجيكولا هذا يدولي أنر نالي متى ايهانة من مصنف متى إبران ورانكين فطول من مصنفين شهيخ الله ألاقا فطول من مصنفين مصنف شهيخارانا അബുൽ കൊത്തുമുൽ വലിയ സ്ഥാനപ്പേര് പറഞ്ഞിട്ട് സയ്യിദ് സയ്യിദ്രി ആണ് അനത്തിഫ് ഇവരെ പാടക്കെട്ടായി പഠിപ്പിക്കുന്നുണ്ട് മുന്നൂറ്റി ജില്ലാ കൊല്ലത്തെ തെറ്റാണ് അതിലുള്ളത് ചരിത്രപരമായിട്ട് തെറ്റ് തിരുത്തി കൊടുത്തിട്ട് ഇന്നും തിരുത്തിയിട്ടില്ല പോനത്തിന്റെ മുസന്നിഫാരന്ന് മുഹമ്മദ് ഷത്തദ് ഓ ഇപ്പൊ അടുത്ത കാലത്ത് ഒപ്പം ഓരോ കണ്ണാള ഞാൻ കണ്ടു ഓർ ഉസ്താദ് ശിഷ്യനാണ് യാസീൻ ഉൽ ഫോദനി ഓരോ ഉസ്താദാണ് ശേഖലാൻ ദഹലാൻ ഇമാം ഒപ്പത്താവുന്ന മുന്നൂറ്റി നാലിലാണ്ഹലാനി സയ്യിദ്ൽ ബക്കീ ജീവിച്ച മുസന്നിഫ് ഇപ്പൊ ബയ്യത്ത് ചെയ്യുന്നത് തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇതിലാ മസീദുൽ അഹാമിന് ഇബ്രാഹിം അക്കാമിന്റെ മുമ്പിൽ കൈയത്തിൽ കൊണ്ട് അവസാനത്തെ പൊതു രേഖത്തിൽ കൊതിന് രാത്രി പാതിരാക്ക് അത്താൻ വൈകാൻ സമയത്ത് മുന്നൂറ്റി ചില കൊല്ലത്ത് വ്യത്യാസമുണ്ട് തൊള്ളായിരത്തി അറുപത്തി ആറിലെ വയ്യത്തിന്ന് തൊള്ളായിരത്തി അറുപത്തി ആറിലെ ആളെങ്ങനെ ആയിരത്തി മുന്നൂറ്റിലേക്ക് ജീവിച്ചു യാാനത്ത് സർഹദി എത്രകളൊന്നും ഉണ്ടാവൂല ഒരു ഭാഗത്തും പുറത്തു പോകുകയും ചെയ്യൂല അതുകൊണ്ട് ഇസ്കാൻ എന്ന സലാമത്തായപ്പോഹ്ഹുഹുണ്ടാക്കി ചുരുക്കിയതാണ് അലൈഹ ഇത് ഇസ്തേഹഖാകന മാത്രം നമുക്കൊരു ചുരുക്കി പറഞ്ഞു ബാക്കിയല്ല എത്ര വരും എന്ന് പറഞ്ഞ ഖുഹാൻ തന്നെ ഒന്നും ഇല്ലല്ല അതുള്ളത് പറയുന്നില്ല അതുപോലെ ആ തനാവിൽ ജമീൻ എന്നെ പുകഴുത്തുക എന്തിന് അനാ ജമീൻയായ ഒരു നല്ല കാലത്തെ തുടർന്നിട്ടു അതിനെ അതിനെ വെച്ചുകൊണ്ടിട്ടു ഒരാ പിന്ന വരേണ്ടുന്നു അതെന്നെ ആ പുകഴ്ത്തൽ ഏത് രീതിയിലായിരിക്കണം അലാ ജിഹത്തി താണേ ആ പുകഴ്ത്തപ്പെടുന്ന ആദരിക്കുന്ന രീതിയിലാണ് ഞാൻ ജാതിക്കാരിന്റെ കത്തില്ലാതെ കണ്ട് അപ്പൊ ഔലിയെന്നോണ്ട് വസ്തുമാണല്ലേ അല്ലെ പക്ഷെ നമ്മക്കളിയാക്കുന്ന രീതിയിലാണോ പറഞ്ഞുകൊടുക്കുന്നത് ആക്കുന്നേ അപ്പൊ അത് സന്നാധില്ല ഹന്തവില്ല അപ്പം സ്വഭാവമുണ്ടായക്ക അയാളിലുള്ള ഇഷ്ടിയാനിയായ ആ ജമീലെന്ന് പറഞ്ഞില്ലേ ആ സാധനം ബന്ധപ്പെട്ട ശരീബിൽ ഫലായിൽ അയാളെ സ്വന്തം നഫ്സിലടങ്ങിയ ഫവായിലുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട എസ് ടി ഹാരിയായ കാര്യം അയാളും കൊള്ളാം ആംബിസ് ഫവാദിൽ എല്ലാം മറ്റുള്ള ആളുകൾക്ക് ബന്ധപ്പെടാവുന്ന ഈ അനു കിട്ടുന്ന മോചാരങ്ങളായിട്ട് ബന്ധപ്പെട്ടത് അതാണ് ഇതിന് അയാൾ പറയാൻ ആവശ്യം നാപ്പത് അജീദ് എന്ന് പറഞ്ഞാൽ ഫവായിൽ അയാൾ കൊണ്ട് നമുക്കൊന്നും ആയിട്ടുണ്ടാവും ഒന്നുമില്ലല്ല അയാൾ ധാരാളം കൊടുക്കുന്ന ആളാന്ന് പറഞ്ഞു അതെന്താ ഈ സവാദി ലെവാൻ കിട്ടുമ്പോൾ ഒരാൾക്ക് വിറ്റുവല്ല അങ്ങനത്തെ എന്തായാലും നെക്കേടില്ല പക്ഷെന്ത്ണം താലീമിന്റെ ജീവിതത്തിൽ കൂടിയായിരിക്കണം അയാളിലുള്ള ദസ്തിയാരിയായ കാര്യം ജമീലായ കാര്യമായിരിക്കണം അത് വെച്ച് ബോഡി ചെയ്യാനുണ്ടായി ഹൈ അത് ലോകത്തിലാറിയുന്നത് മനസ്സിലായില്ലേ അതിന് ചെറാൻ മാത്രം നോക്കി ലോകത്തിൽ പോയുണ്ട് ഷെറൈന്റെ ഹരിതാരം ഉറപ്പിൽ മറ്റൊന്നും അറിയുന്നുണ്ട് ൻ ലുൻ എന്ന് മൻസൂബായിട്ട് വായിക്കണം തമ്മീസാണ് എങ്ങനെ വായിക്കണം അലൻ നൂന് മുമ്പായിട്ട് സാ വായിക്കണമെന്ന് മൂന്ന് പുള്ളികളിനാകണം അലൻ നസാദ് എന്ന് വായിച്ച കണ്ടാണ് എന്ന് വായിച്ചാൽ നേരം ഇദ് വെച്ചുകസാദ് കൊണ്ടു സനാ ന്ന് വായിക്കേണ്ടി അതെന്താ സാധനം കൊണ്ടുള്ള സംസാരം എന്നതാണ് ഏത് തൻ അതിന്റെ അർത്ഥം അപ്പം ബി ജി ജമീന എന്ന് പറഞ്ഞെന്തായി സിഫത് കാശിക്ക് വബി തകദീമിൻ നൂലി നൂലിന് മുന്തിക്ക് മുതലത്തിലാക്കാൻ നെത്താകുന്നില്ലേ വൽ കസർ കസർന്ന് വെച്ചാൽ എന്ന് മാത്രം മതില്ലു അതെ ഇല്ലേ ഓപ്പോസിറ്റ് அபஃபஹீன இதின் வஹீன இதின் அன் நேத்து ஃபகவுலுஹு முஸன்னிஃப் பில் ஜமீல் என்று சொன்னது சனாஅதுர்ர்ர் தன்னை கைடு கொண்ட உடனே அதனட கிட்டி பின்ன பில் ஜமீலதை ஆபறம் போதியாயின் வஸ்ஃபன் காஷிஃபன் அது வஸ்ஃபன் காஷிஃபாயி ஜாருன் ஆ பாக்கி தன்னுண்டல்ல ஆரஅத்தி இது போல நலர்த்து என்று சொன்னா தன்னை கண்ணு கொண்டானல்ல நலர்த்து பையினின்னு சொன்னா கண்ணு கொண்ட கண்டன்னு சொன்னா இந்த கொஞ்சம் மாயாதி சகுதி கூடின்னல்லாண்டு ഇപ്പൊ സമയത്തൊടി യുതിനി സമയത്ത് കേട്ട് അവക്കാദുപയോഗിച്ചു തന്നെ തിരിഞ്ഞു സമയത്തൊടി യുവതിനി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ കേട്ടു തന്നെ എന്ന് പറഞ്ഞ മാതിരി തന അയാളെ തെനാവ് ചെയ്ത് ബിൽ ജമീൽ ജമീൽ കൊണ്ടേ തെനാവ് ഉണ്ടാവുകയുള്ളു എതുപോലെ ചെവി കൊണ്ടേ കേൾക്കുള്ളൂ ഞാനില്ലേ ഇനി ഈ തെനാ എന്ന് പറഞ്ഞത് ഇപ്പൊ പറച്ചെല്ലോ ഒരു കലാപമാണോ എന്ന് സനാദ് വേണേൽ കലാമിന് ആവശ്യമില്ലേ ആ കലാമ് കഥീമായ കലാമോ ആതിഥായ കലാമോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടു ആകാം അല്ലെങ്കിൽ എന്താവും കഥയുമായ ഹന്ത് കഥീമായ ഹന്ദിനോ കഥയുമായ രണ്ട് ഹന്ത്ണ്ടല്ലോ അത് കൊള്ളണ്ടാവുമല്ലോ കലാം കഥീമായ കലാം സനാ എന്ന് പറയുമ്പോൾ തന്നെ കലാമുണ്ട് അന്തരിച്ചില്ല ഇപ്പൊ ആ കലാമ് കദീമോ ആദിതോ രണ്ടു ആവാറാതുപി ഈ തനാവ് കൊണ്ടാമിക്കുന്നത് കലാം കലാമ കൊണ്ട് ഇവിടെ എടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് നേരെ ഫെയിലോണ്ട് എന്താ ചെറുട്ടടിച്ച് എന്നാ അതിവിടെ കലാ പറയാനായിട്ടില്ല അപ്പൊ കലാമ ലാസി വന്നു കലാമ ലാസിമാകുമ്പോൾ ആ കലാം ഏതാന്ന് ചോദിക്കുന്നത് കവീമോ ആദിത്തോ ആ അത് രണ്ടും ആയിക്കോട്ടെ അപ്പൊ എന്താ ഹംദിന്റെ നാല് കിസ്മ ഉൾക്കൊള്ളും നേരെ ആദിസ്ഥ കലാമ് മാത്രം ഉദ്ദേശം വെച്ച രണ്ട് അന്ത ഉൾക്കൊള്ളു കദീമ് കദീമിന്റെ അന്തയിലിരുന്നു പുറത്തു പോകും കദീമ് ഹാദിത്തിന് അന്തയിലിന്നും പുറത്തുപോയി കളിയും കാരണം അവിടെന് ഇല്ല കദീമ ആദിഥായ കലാമില്ലല്ലോ ബിൽ ജമീൽ എന്ന് പറയുന്ന കൈത പറയുന്നത് അത് ബയാനുള്ളിൽ മഹമൂദ് ബിഹി മഹമ്മൂദ് ബിഹിന്റെ ബയാനാണ് ബിൽ ജമീൽ എന്ന് പറഞ്ഞത് ആ പറയുന്നത് എന്തുപയോഗിച്ചു പറയണം എന്നുള്ളത് നിങ്ങളെ പുകഴ്ത്താൻ ആണ് ഉപയോഗപ്പെടുത്തണ്ടേ ആ വാചകത്തിൽ എന്ത് മതഹാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് അതാ ജമീൽ വലി സീക ത്തി അത് സീകയിലേക്കുള്ള വയാനുമാണ് ബിൽ ജമീൽ എന്ന് പറയുന്നത് സീകളിലേക്ക് സൂചിപ്പിക്കും എങ്ങനത്തെ ആ സ്വാതി മിനൽ ഹാമിരി ഹാമിദിന്റെ വക്കലിൽ നിന്നാണ് അതെന്താ ഉടലെടുക്കരുത് സീകയും ആ സീകൽ ഉപയോഗിക്കപ്പെട്ട ഒരു കലാമുണ്ട് ഒരു ഒരു ഹിന്റെ ആവശ്യമായ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ അത് ആർക്ക് വേണ്ടി മഹമൂദിന് വേണ്ടി മഹമൂദ് ആരാണ് ഇവിടെ ഇല്ലായ്ക്കറി വല്ലാവു മഹമൂദ് ചെയ്ത് അയോങ്ങുട്ടെ അപ്പൊ ഇതിൽ മഹമൂദ് ബിഹിൻ സീകയും വന്നു ഏതിലേ ബിൽ ജമീലിന് അല ജമീലിൻ്തിയൻ എന്നാ പറഞ്ഞാ ജമീലിനെ തുറന്നിട്ടായിരിക്കണം അപ്പന്തായി മഹമൂദിന് അലേഹിയാണത് അപ്പൊ ഹംതിന്റെ എല്ലാ ഘടകങ്ങളും പറയിലായി والمراد بالاختياري يبقى الاختياري جميلனு அர்த்தம் આ ઇхтияરીઓનો ઉદ્દેશ્ય എന്താണ് ওয়ন্নিকিল হাকিকতন্নিয়াગા એது போல কল হামദി আলা সিফাতুল আফআল সিফাতুল আফআল અલમિસুৎકરી সিফাতুল আফআল ઇхтияരിയ ആണല്ലോ ওয়ান ইরাযিক ആണ് ওয়ালার മുഹിയ ആണ് ওয়ালার മുमीत ആണ് එന്നെ ക പറഞ്ഞിട്ട് সিഫাতুল আফലദാ അത് നേർക്കുനേര ഹറ്റിക്കത്താൻ എഫ്തിയാരിയായ അമലുകളാണ് ഇവർ അതോ കഹരിയല്ലോ അങ്ങനെയുമാവാം അല്ലെങ്കിൽ ഔ ഹുക്കുമാൻ അല്ലെ ഹുക്കുമിൻ എഫ്തിയാരി ആയാലും മതി എന്ന് വെച്ചാലോ ഇത് നേർക്കുനേരെ പക്ഷെ ഇതിനാൽ എഫ് ഒരു കാര്യം ഉണ്ടായി ചെയ്തു അതിന് മനുഷ്യർ അങ്ങനെയാവുന്ന കൽ ഹംതി അനാത്തി കണ്ടാ ദാത്തിന്റെ മേൽ ഹംതി ഇത് ഇവിടെ ദാത്തില്ലാതെ കണ്ടെന്നുണ്ടാവില്ല എഫ്തിയാരിയായ പണി ഉണ്ടാവില്ലല്ലോ ഒരുപടി കീ പോറങ്ങി ഇഷ്ടിയേക്ക് എത്തിക്കാൻ കഴിയും അതുപോലെ അറിയിക്കുന്ന സിഫാത്തുണ്ടോ സിഫാത്ത് ഇതേപോലെ ഹുജൂത് പിന്നീട് വസത് ഇതൊക്കെ ദാത്തിയായ് സിഫാത്തുകളാണ് സിഫാത്തുൽ അല്ല അതായാലും മതി അതെന്തുകൊണ്ട് ഇതെല്ലാം ഇഫ്തിയാലിൽ പെട്ടെന്ന് കൊണ്ടാണ് ഈ പറയപ്പെട്ട കാര്യങ്ങള് ഇഫ്തിയായ അഫ്ആാലെ മനുഷ്യയി മാറി നൽകാണ് ഇതെന്താ ഹുക്കുമരിപ്പെടുന്നത് നേർക്കുനേര അഫ്തിയാവം ഇഫ്തിയറിന് കാരണമാകുന്നുണ്ടായാലും അറിയുന്ന തിരിഞ്ഞില്ലേ ആ അപ്പൊ ഈ കയ്തുകൊണ്ട് എന്തെല്ലാം പോയി എന്നാ പറയുന്നത് ൻ എന്ന് കൈതുകൊണ്ട് പുറത്തുപോയത് എന്താന്ന് മാൻ ജമീലൊന്ന് പുറത്തുപോയി എങ്ങനത്തെ ജമീൽ അല്ലാത്ത ജമീൽ അല്ല അയാളെ മുഖം നല്ല മെച്ചപ്പെട്ട ആളാന്ന് പറഞ്ഞു അയാൾക്ക് ഇഷ്ടിയാറുണ്ടാകും മെച്ചപ്പെടാനോ അല്ലാണ്ട് കേരളം അയാൾ മുഖത്തിന് നല്ല സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞു എന്നാല് പത്തനാവ് അലയി അത്തരം കാര്യങ്ങൾ എമ്മെ തെരാഗ് ചെയ്താൽ അതിന് മതേഹന്റെ ആ പേര് അപ്പൊ തീഫത് ആ തീഫിൻ പറഞ്ഞിട്ടൊന്ന് അലാ ജമീൽ ഒരു ഫസിലാണ് മറ്റൊരു ഫസിലാണ് അലാജിഹി താലീമിന്നുള്ളത് ഫസിലോട് ഇങ്ങനെ കൈത് കൊടുക്കും അപ്പൊ അന്തിലേക്കുള്ള ഫസ്സിൽ കരീബേത അലാദേഹത്തിൽ താഴെയും ഫസ്സിൽ ബാ ഈദാണേത് അലാ ജമീൽ രണ്ടിനുള്ളിക്കുന്ന ബാഇദ ഒരു ജിനിസാണ് ഓരോന്നോട് പുറത്തു നിന്നുണ്ടല്ല ജമീലോട് സ്തുതിച്ചു പറയാഞാൽ എന്തായി മാറും അയാൾ കളിയാൻ പിന്നെ എഫ്തിയാരി അല്ല ഞാൻ മധുരും പിന്നെ ജഹ്ത്താണിയുമല്ല ഞാൻ അയാൾ എന്താ പറയുക മോക്കിംഗ് എന്നാ പറയുന്നത് മോക്കിങ് ജോക്കിംഗ് മോക്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾ നല്ല കാര്യം പറഞ്ഞിട്ട് അയാൾ വലിയ ബോധിച്ചുള്ള കാര്യം പറഞ്ഞിട്ട് കടിയാക്കലുണ്ട് ആ അതായു മാറും എന്തോ ഒരു ഒരു പേരുണ്ടല്ലോ പറയുന്നു അതായത് ഒരാളെ കുറ്റപ്പെടുത്ത രണ്ട് ജാതി ഇത് ഒന്ന് അയാളെ താഴെ വാശ ഉപയോഗിച്ചിട്ട് താത്തിപ്പറഞ്ഞിട്ട് നിന്നെ കുറ്റപ്പെടുത്തുകൊണ്ട് പൊക്കി പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തൽ ഉദ്ദേശിക്കുക അങ്ങനെയുണ്ടല്ല അപ്പൊ ആദ്യത്തെ പുറത്തുപോയതുകൊണ്ടാണ് സനാറും ബിൽ ജമീലോട് പുറത്തുപോയി അരാദ്യഹത്തി അല്ലേ വണ്ടി രണ്ടാമത് പറഞ്ഞതാണ് വാചകം ഉപയോഗിച്ചത് പൊക്കിയിട്ട് ഞാൻ പക്ഷെ ഉദ്ദേശം താത്തതായി പോയി ആ മനസ്സിനു കാറ്റുന്നു മറ്റേ ലഭലും വയനയിലും താത്തലായി അല്ലേ ചേട്ടാ പൊട്ടനമോ വാ കൗലുഹു ഇനി വെറൊരു കേഇദു അനാ ദിഹതി തഅലീം എന്നുള്ള പറഞ്ഞില്ല ദിഹതി തഅലീം എന്നുള്ളത് വഖഹിമ ലഹഫതു ദിഹത് അവടെ ദിഹത് എന്തു കൂട്ടി അനാസം അല തഅലീം എന്ന് പറഞ്ഞോ തഅലീമന്ന് എന്ന് പറഞ്ഞാ വേണ്ടില്ലോ എന്നല്ല ദിഹത് എന്ന് കൂട്ടി അതാ കസ്തുണ്ടാക മോടി잖 തഅലീമിനെ കസ്ത്രിയല്ലേ കരികാൻ മോടി잖 അറിയിക്കാൻ വേണ്ടിട്ടാണ് താലീമ് മതിയാവുന്നതല്ല അവന്റെ ബാത്തിന്റെ ഉള്ളിലും വേണം എന്നതിലേക്ക് സൂചിപ്പിക്കാനാണ് അല്ലാതി ഹത്തി കൂട്ടി എത്തുന്നത് അല്ല ലാഹൽ എന്താക്കി താലീമാക്കി ലഭ്യത കൊണ്ട് പറഞ്ഞു പക്ഷെ അവൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞാ െന്തുവാണം കലാമ ആ പറയുന്ന കലാമിനോട് മനസ്സ് യോജിക്കണം എന്ന് സൂചിപ്പിക്കാനാണേത് അലാ ജിഹത്തിൽ കൂട്ടിക്കൊടുത്തത് ജിഹത്ത് കൂട്ടാൻ എന്താ പറയും താലീം താലീമുണ്ടായില്ലേ എന്ന് പറഞ്ഞ കണ്ട കഥാ കീല ആ ജിഹത്ത് കൂട്ടിയതിന് ഇങ്ങനെ ന്യായാ പറഞ്ഞത് അജിത്തുനിന്ന് കൂട്ടുമ്പോ ആ കെയർ ഓഫിലാണ് താലീമിന്റെ കെയർ ഓഫിൽ തന്നെയാണ് വേറെ കെയർ ഓഫല്ല കളയാക്കൽ കെയർ ഓഫ് അല്ലാന്ന് വരണ്ടേ എന്ന് കഥാ കീഴിലാന്ന് അജിന് ആ ഫായി ഉണ്ടെന്നല്ലേ പറയുന്നത് അസിയാ അസിയാഹിങ്ങൾ പറയുന്നു അറിയാത്തി മനസ്സിലുണ്ടാവണം എന്ന് ചെറുത്തിയില്ലെന്നാണ് ബാഹിൽ നമുക്ക് താലീമാണെന്ന് അറിയിച്ചാൽ മതി ഇത്രയു നിങ്ങളെ മനസ്സിലുള്ളിൽ ഇപ്പൊ അതിൽ നോക്കൂല്ല മൂപ്പർ അതാവാ അപ്പം വിശേഷന്മാർ പറഞ്ഞതിന് ഇടിയായിപ്പോല അപ്പൊ മൂപ്പറ് ആ അതനുസരിച്ച് പോയി നോക്കേണ്ടി വരും ജിഹത്ത് നല്ലത് പറഞ്ഞില്ല താലീമേ വേണ്ടു ജിഹത്തും താലീമ് വേണ്ട പറഞ്ഞത് ഇത് അയാളിലുള്ള നമ്മൾ എന്ത് കാരണം വെച്ചാണോ പുകഴ്ത്തിയത് ആ ജമീനും നിഫ്തിയ അരിയെ ഫലായിലുമായി ബന്ധപ്പെട്ടതായാലും കൊള്ളാം ഫവാദിലുമായിട്ട് ബന്ധപ്പെട്ടതായാലും കൊള്ളാം അവിടെ താമീമാണ് അപ്പൊ മഹമൂദിന്റെ അലിയാണിത് മഹമൂദിന്റെ അലയി ആണ് അതാണ് അത് സവാ ഉൻ എന്നുള്ളത് ഹബറ മുഖബമാൻ സമമാണ് അപ്പ മുക്താ അപ്പൊ ഖബർ മുഖദ്ദമാ ഒരു മുത്തതാ മഹർ വേണ്ടേ അതിന് പറയുന്നു ഈ സവാ ഉന് ശേഷമുള്ള നേതാ താലക്കമ്പിൽ ഫലാ ഇലി അമ്പിൽ എന്നാണ് അത് ഞാൻ മസ്തകൊണ്ട് തേവീയ്യാം അപ്പം ഉണ്ടായി താലക്കു ഹോമിൽ എന്നായി നിങ്ങൾ പറഞ്ഞ ജമീലുൻ ഇസ്തിയാരിയായ ആ കാര്യം ഫലായിലൈമായി ബന്ധപ്പെടലും ഫവാദിലമായി ബന്ധപ്പെടലും രണ്ടും തുല്യമാകുന്നോ എന്ന് പറഞ്ഞ സന്ദർഭം ഒരു മസ്ദർ കൂട അതിൽ നിന്ന് ഈ തഗ്വീലു മസ്ദരിൻ അത് മുബ്തദ മുഅഖറുവാണ് അബ വൽ മാഅന തഅല്ലുഖുഹു ബിൽ ഫലായിലി അം ബിൽ ഫവാഇലി ഫവാഇലി മൂസ്തവിൻ തഅല്ലുഖുഹു എന്ന് കേട്ടി തഹല്ലഖ ബിൽ ഫലായിലി മസ്ദരിൻ കേട്ടി ുഖ പിന്ന മുസ്തവൻ എന്നുള്ള സ്വാവാണ് ആ മസ്തനാണ് ഇവിടെ മുഖത്തദാവ് മുഖാറാക്കി വെച്ചിട്ട് മുഖർ ഷെയ്ക്ക് തർത്തീബാക്കി സവാന്റെ മുസ്തവിൻ അപ്പൊ ശരി ഇല്ലാപ്പാടും മസ്തദാ തെളിബീയതല്ലേ എന്തോ അരിച്ചുള്ള അല്ലെങ്കിൽ പിന്നെന്താ താലില്ലാ മുസ്തൊക്കെ കണക്ഷൻ കിട്ടൂലിൽ മുസ്തവിൻ അപ്പൊ താല്ല് കൊൻ അപ്പൊ ഇത് അല്ലെങ്കിൽ താല്ക്കോൻ എന്ന് പറഞ്ഞത് മുലാഫിനിത്തോട്ട് ബദലാണ് തന്മീന്ന് നോക്കേണ്ടി വരും തല്ലുക്കു ഹൂല ഹൂല കു കോൻ മുലാഫിൻ ലഹിത്തോട്ട് ബദലാക്കിട്ടല്ല ഇവിടെ ആ ഗൂടു കണിയില്ലാണ്ട് ഒക്കെ കാലിലെ താല് പിടിക്കാനിപ്പൊ ആ ജമീലും എന്ത് ബന്ധപ്പെട്ടാലും അൽ മദായ ചില മഹിമകളാണ് മഹിമ പോലീസാന്ന് വെച്ചോ ينقى تلك القاسرة هذا غللتن عدن يوديك ذكرن نحن بارات التوليان هذا بذيء آجير كأن ورد يودي الوور قرآن ورد ناران الوور تكلن ناران هذا قال القاسرة وهي هذا اللتي لا يتوقف القاسرة تاري بوليشان ورد لاندا لا يتوقف تعلقها لا تعدي أسرها للغير هذا اللعثار قاله റൈലിലേക്ക് വിറ്റ് കടക്കല മേലിൽ ഇതില്ല അതിന് താലൂക്ക് ഇല്ല നീ താലുക്കുണ്ടാണ് വേറൊരാളുണ്ടാവണം എന്നതില്ല അതിക്കായതുകൊണ്ട് ഹജ്ജിന്റെ താലൂക്ക് വിട്ടിടത്തും വേറൊരാൾ വേണ അതുകൊണ്ടല്ല ഇളദാസ് മാത്രം മതിയല്ലേ ഇനി അതാണേത് കാറ്റുതായ മസായ അതിനാണ് പതാ ഇൽ എന്ന പേര് ഇനി വൈകാനത്ത് ഈയ മുത്താധീയത്തൻ അത് ചീനഅസിൽ മുത്താജ്ഞയായ നിരക്കൊന്നുമില്ല ഇൽമു പോലെ ിൽമ മുത്താദ്യ എന്തുകൊണ്ട് അറിയപ്പെടുന്നത് മറ്റൊന്നും ഉണ്ടാവൂലേ കൽമി വൽ കുതിരത്തി വൽ ഹഫ്സിനി അത് ഫീനസിൽ മുത്താദ്യം ഉണ്ടാകണ്ടേ കുതിരത്തിലാണെങ്കിൽ ഒരു മക്കുദൂർ എന്ന് പറഞ്ഞ ആ ഫീനസിൽ മുത്താദ്യ ആയത് ശരി ഇതിന്റെ താലൂക്കിന്റെ കൈതാണോ അതേ ശരി ഈ ഇൽമുണ്ടാക്കി പഠിപ്പിക്കാൻ ഉപയോഗിച്ചു എന്നാ ഫിനു വേണ്ട ഫവാദിലായിട്ട് മാറി പഠിപ്പിക്കുന്ന കേൾക്കാന്റെ ആളു വേണ്ടേപ്പാ അതിന് ആഹാരം ഏറ്റെടുക്കാന് ഇരുമിനു വേണ്ട താലിമിന് വേണോ വബിൽ ഫവാദിൽ കൊണ്ടുള്ള ഉദ്ദേശം അൽ മസായ ഒരു മസായിയാണ് അൽ മുസാദ് മുത്താഹദ്ദിയാകുന്നത് എന്താ മുസാദ് കാസുരത്തിന്റെ ഓപ്പസിറ്റ് കാസുരത്തിന്റെ എതിരിലാണ് ഏത് മുത്താഹദ്ദീൻ പറഞ്ഞത് ആ ആ അതിന്റെ താലൂക്ക് തവക്കുപ്പാകും അതിന്റെ ആസ അത് കൈലിലേക്ക് വെട്ടുകിടക്കല മേല എന്നാലേ എന്താ ഉള്ളൂ താലൂക്ക് ശരിയാവുള്ളൂ അതിന്റെ ആസ അത് വേറൊക്കെ കൂടി കിട്ടണം അതേതുപോലെ കൽക്ക ഔദാര്യം പോലെ ഇയാൾ ഔതാര്യം എന്ന് പറഞ്ഞത് ഔദാര്യമാകണമെങ്കിൽ തോന്നുന്ന ഒരാൾ അത് പൈസ വാങ്ങണം അതിൽ ഔദാരി പറയാൻ നിർത്തിയിട്ടില്ല താലീമെ നേരത്തെ പറ്റി താലീം അപ്പൊ ഇൽമെന്നുള്ളത് ഫവാഹിലാണ് പിന്നെ താലീമെന്നുള്ളത് ഫവാദിലാണെന്നും വന്നു അപ്പൊ ഇങ്ങനെയാണോ ഇബാറത്തിട്ടത് എന്നാ മറ്റുള്ള കിതാബിൽ ഇബാറത്ത് എങ്ങനെ നേടിയോ സ്വഭാവം കാണപ്പി മുക്ലാബലത്തിന്റെ നമുക്ക് രണ്ടും കണക്ക് തന്നെയാണ് നമുക്ക് വഹാദിൽ ഇബാറത്തു സേഹ് തങ്ങളെ ഈ ൾ പറഞ്ഞ കൗലിന്റെ അതേ മായനാക്കാണ് എന്താ പറഞ്ഞ കൗല് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് അത് ഭോത്വം ഒന്നെയാണ് അപ്പൊ മുഖാബലത്തെ ന്യാമത്തിൻ എന്ന് പറഞ്ഞ ഏതായിരിക്കും ഫവാദിലി അയാൾ വെക്കുന്ന ഒരു നിയമത്തിന് വേറൊരാട്ടെടുക്കലേന്ന് അപ്പൊ ഫവാദിലൈ അയാളെ വക്കലിൽ നിന്ന് വേറാക്കിട്ട് അനുഗ്രഹത്തിനല്ലേ പവാതിലി അംല എന്ന് പറഞ്ഞതാണ് പലായിലി അതിനെ കൊണ്ട് വേറെ കിട്ടട്ട് കിട്ടാതെ കിട്ടുന്നല്ലേ പറയുന്നു മുന്തിച്ചത് പലായിലി പിന്നെ പവാതില് മറ്റുള്ള ആളുകൾ പറഞ്ഞത് അപ്പൊ ഈ മുക്കാബിലത്തിന്റെ ഏന്മത്തിൻ്റെ പവാതില് മുന്തി അംല വിന്തി രണ്ടും സമം തന്നെ ഇനി ഞമ്മക്ക് ഈ പറഞ്ഞോടത്തുള്ള താരിഫിൽ നിന്ന് കിട്ടിയതാ പറയുന്നു നാല് കാര്യം കിട്ടിയിട്ടുണ്ട് മുസ്ലീഫ് ഹന്ദിന് ലോകത്തൻ ഹംദ് ചെയ്തപ്പോൾ താരിഫ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതല്ലേ പറയുമ്പോൾ ഈ താരിഖിൽ നിന്ന് ഞമ്മക്ക് കിട്ടിയ നാല് കാര്യങ്ങൾ നമുക്ക് എണ്ണാൻ പോകുന്നു ഒന്നിൽ ഈ അന്ന അന്നു പറയുമ്പോൾ നോക്കിക്കോളൂ നിക്കൂ നാല് കാര്യമുണ്ടാവും അഞ്ച് അതാ അതാ അഞ്ച് അതെല്ലാം കിട്ടിയ കാലം നാല് കിട്ടിയതിൽപ്പെട്ട ഒന്നിന് അഞ്ചു റുക്കിരുണ്ട് എന്നല്ലേ പറയുന്നത് അത് മറ്റൊന്നല്ലേന്ന് നാല് മഴമാത് കിട്ടിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നിന് അഞ്ചു റുക്കി നോക്ക് അന്ന അർക്കാനൽ ഹന്ദി ഹന്തിന് അർക്കാനുകൾ ഹംസത്തു അഞ്ചെണ്ണം ഉണ്ട് എന്ത് കിട്ടിഫിൻ നിന്ന് ഒന്ന് ഹാമിദ് രണ്ട് മഹമൂദ് മൂന്ന് മഹമൂദും അഞ്ച് അത് ഉപയോഗിച്ച സിഹ അഞ്ചുറുക്കയും കൂടെ കാലം പറയുന്ന ഓ നിന്ന് ബഹുമാനിച്ചിട്ടുണ്ട് ആ പെറോഫിൽ എന്താക്കി നല്ലൊരു ഹസാക്കി ഓന അഭിനന്ദിച്ചു എങ്ങനെയാ നീ ഹ് ചെയ്ത് നിന്റെ കൗലുകൊണ്ട് നീ മതഹ ചെയ്തു അല്ല ഹന്ത് ചെയ്തു അപ്പൊ സീഹ അല്ലേ നീ ആണ് ആര് ഹാമിദ് സയ് മഹമൂദ് അല്ലേ പിന്നെ എന്ത്റോഫിലാണ് നിങ്ങൾ ഇക്രാമാക്കിയ ഗോറോഫില് ഇക്രമാക്കിയവേലി ഇക്രാമാക്കിയ വകി നിങ്ങൾ എന്തുപയോഗിച്ചാണ് ഇൽമുണ്ട് അയാൾക്ക് ഇൽമുണ്ട് എന്ന് പറഞ്ഞു അഞ്ചുർ കുനെ മുക്കിരി മുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ രണ്ടു ഇക്രാമെന്നെ വന്നത് പക്ഷെ നമുക്ക് എന്താ എത്തിപ്പാറോണ്ട് ഏതേക്കിരിക്കുന്നുണ്ട് നിസ്താരം പോലെ എന്നേക്ക് ഇരിക്കുന്നുണ്ട് നിസ്കാരം നോക്കണം